േ നമവിന സങ്കീർത്തനം ഗോവിന്ദ ഗോവി തസ്മാദ് ഗുരു പ്രപത്യേത ജിജാസു ശ്രേയുത്തമം ശാബ്ദേ പരേ ചഷ ഉപശമാശ്രയ തർമാൻ ശിക്ഷേത് ഗുരുവാത്മദൈവ അയയാനുഷ്യേത് ആത്മാത്മദോ ഹരി സർ മനസം ആദ സാധുഷൂ दयां മൈത്രീ പ്രശ്രയച്ച तपस्ति स्वाध्यायं ഭൂതേശ്രദ്ധാഥോചിതം ശൗചം തപസ്തിദീക്ഷാ മൗനം സ്വാധ്യാർജവം ബ്രഹ്മചര്യമഹിംസയോ വിവിക്തചീരവസനം സന്തോഷം യേ കനച്ചിത് ഭാഗവത്തെ ശസ്ത്രേ അനി അത്ര മനോവാക് കമ്മദണ്ഡം ചത്യം ശമദമാവേജന്മകർമ്മ ഗുണ തടർ അഖിലക്ഷ ശ്രവണ കീർത്ത അദ്ഭുതകർമ്മണ ജന്മകർമ്മ ഗുണാച്ച് തദർത്ഥേ അഖിലചേഷ്ടിതം ഭാഗവതധർമ്മത്തിനെ പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ ഉപന്യസിക്കുന്നതാണ് നമ്മള് കണ്ടുവരണത് പടിപ്പടിപ്പടിയായിട്ട് ഉള്ള അധ്യാത്മസാധനയെ ഈ യോഗീശ്വരനാണ് പറയണത് ഓരോ സ്റ്റെപ്പ് എങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഭക്തി എങ്ങനെ ചെയ്യണം ആദ്യം പറഞ്ഞു കർമ്മം ചെയ്യുന്നതിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം പറഞ്ഞു എല്ലാവരും കർമ്മം ചെയ്യുന്നു സുഖം കിട്ടാനായിട്ട് ദുഃഖമില്ലാതാക്കാനായിട്ട് പക്ഷേ ലോകത്തിൽ സർവ്വത്ര ഒരു മാറ്റം കൂടാതെ കാണപ്പെടുന്നൊരു കാര്യം സുഖമൊട്ട് പൂർണ്ണമായിട്ട് കിട്ടണമില്ല കിട്ടണില്ലേ എന്ന് ചോദിച്ചാൽ അൽപ്പൽപ്പമൊക്കെ ഉണ്ട് പക്ഷെ പൂർണ്ണമായി അങ്ങനെ സുഖം ഒന്നുണ്ടായിന്ന് പറയാൻ വയ്യ ദുഃഖമൊട്ട് പൂർണ്ണമായിട്ട് അങ്ങനെ നീങ്ങണമില്ല അപ്പോൾ ദുഃഖഹത്യ ഉണ്ടാവണില്ല പരിപൂർണ സുഖപ്രാപ്തി ഉണ്ടാവണില്ല അപ്പൊ വിവേകം കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി ധനം പുത്രൻ ഗൃഹം ലോകത്തിലുള്ള ജീവിതം ഇതൊന്നും ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റില്ല പക്ഷെ ശാശ്വതസുഖം തരല്ല ആർക്കും ഇതൊന്നും വേണ്ടാന്ന് വയ്ക്കാൻ തരല്ല പക്ഷെ ശാശ്വതമായിട്ടൊരു തൃപ്തി സുഖം എന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടാവുന്നതല്ല അപ്പോ ഇതിനെ കടന്ന് ഇതൊക്കെ നശ്വരമാണെന്ന് മനസ്സിലാക്കി എന്നാൽ വൈദിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സ്വർഗാതിസുഖങ്ങളോ അതും നശ്വരം സർവം കർമ്മനിർമ്മിതമായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നശ്വരമാണെന്ന് കണ്ടു അനശ്വരമായിട്ടുള്ള സത്യത്തിനെ അറിയാൻ എന്താണ് മാർഗം തസ്മാത് അതുകൊണ്ട് എന്തുകൊണ്ട് നശ്വരമാണെന്ന് കണ്ടതുകൊണ്ട് തസ്മാത് ഗുരു പ്രപത്തിയത് ഒരു ഗുരുവിനെ പ്രപത്തി ചെയ്യുന്നു പ്രപത്തി എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ സറണ്ടർ ഗുരുവിനോട് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള ശരണാഗതിയല്ല എനിക്ക് മുക്തി വേണം എന്നുള്ള കണ്ടീഷൻ പോലും പറയാത്ത ശരണാഗതി തനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള യാതൊരു കണ്ടീഷനും വെക്കാത്ത ശരണാഗതി അതാണ് പ്രപത്തി തസ്മാത് ഗുരു പ്രപജ്ഞിജ്ഞാസുഹൂ പരമതത്വം അറിയണം എന്നുള്ള ജിജ്ഞാസയോട് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഒരു ഗുരുവുണ്ട് ആ ഗുരു നമ്മളെ അക്ഷരം എഴുതാൻ പഠിക്കാൻ പോവുകയാണ് അവിടെ അവിടെ ബ്രഹ്മതത്വം അറിയണമെന്നുള്ള ആഗ്രഹമൊന്നും വേണ്ട കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുമ്പോ പരമശ്രേയസ്സിനുള്ള മാർഗം പറഞ്ഞു ഗുരു എന്നുള്ള ഭാവം വേണ്ട പക്ഷേ ബ്രഹ്മവിദ്യ അറിയാനായി ഒരാചാര്യനെ സമീപിക്കുമ്പോ ശ്രേയ ഉത്തമം ജിജ്ഞാസുഹൂ ഭഗവാനെ അറിയണം ഭഗവത് തത്വം അറിയണം മറ്റൊന്നും വേണ്ട എന്ന് നിശ്ചയിച്ച ഭാവത്തോടുകൂടെ സമീപിക്കുക ജിജ്ഞാസുഹൂശ്രേയ ഉത്തമം ആ ഗുരു എങ്ങനെ ഉണ്ടാവണം അതും പറഞ്ഞു ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാ ശാബ്ദേ പരേച നിഷ്ണാതം ബ്രഹ്മണി ഉപശമാശ്രയം ശബ്ദം എന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്നർത്ഥം വേദം എന്ന അർത്ഥം ഉപനിഷത്തിൽ നല്ലവണ്ണം നിപുണനായിരിക്കണം ഉപനിഷത്ത് പറയുന്ന ബ്രഹ്മവിദ്യ എന്താണെന്ന് നല്ലവണ്ണം അറിഞ്ഞ ആളായിരിക്കണം ഉപനിഷത്ത് പറയുന്ന ശാസ്ത്രം അറിഞ്ഞാൽ മാത്രം മതിയോ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ വായുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ ഒരു പാഠശാലയിൽ ഒരു ശാസ്ത്രികൾ പഠിപ്പിക്കാൻ വരും കുട്ടികളൊക്കെ കുറുമ്പുകുട്ടികളാണ് അവരെ പഠിപ്പിക്കാൻ വരും ഇദ്ദേഹത്തിന് ധാരാളം വേദാന്ത ശിരോമിണി തർക്കശിരോമണി വ്യാകരണ ശിരോമണിയൊക്കെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അംഗീകാരവും കിട്ടിയിട്ടുണ്ട് കൈ നിറയോ ധാരാളം എല്ലാ വിരലിലും മോതിരങ്ങൾ അണിഞ്ഞിട്ടുണ്ടാവും കഴുത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് വലിയൊരു പതക്കം അതുമൊക്കെ ഇട്ടുകൊണ്ടാണ് വരാം അപ്പൊ കുട്ടികൾക്ക് ബ്രഹ്മചാരി കുട്ടികൾക്ക് ആശ്രമത്തിലെ ബ്രഹ്മചാരി കുട്ടികൾക്ക് വേദാന്തം പഠിപ്പിക്കാം അപ്പൊ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്നിങ്ങനെ പറയും കയ്യിലുള്ള മോതിരമൊക്കെ കാണണോ വരും അപ്പൊ കുട്ടികൾ പറയാം അതെ അതെ ജഗത്തൊക്കെ മിഥ്യ ഇയാളുടെ വിരലിലുള്ള മോതിരം മാത്രം സത്യം അപ്പോ ശാസ്ത്രം പഠിക്കുന്നത് വേറെ സ്വാനുഭവസിദ്ധി പേരെ സ്വാനുഭവസിദ്ധി വരണം തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സദ്വസ്തുവാണ് ചൈതന്യമാണ് ഞാൻ പരമാനന്ദ സ്വരൂപമായ സത്തയെ കണ്ട് അറിഞ്ഞ് അതിൽ തന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ട് സ്വരൂപാനുഭൂതിയില് ലയിച്ചിരിക്കുന്നവനായിരിക്കണം ആചാര്യൻ അതാണ് പരേതനിഷ്ണാതം ബ്രഹ്മണി ഉപശമാശ്രയും ബ്രഹ്മത്തിനെ ആശ്രയിച്ച് അതിൽ ലയിച്ചു പോയിരിക്കും ഞാൻ പറഞ്ഞു തോന്നുന്നു ഇവിടെ ബ്രഹ്മചാരി എന്നുള്ള വാക്കിന് അർത്ഥം മലയാളത്തിൽ ഒരാൾ അർത്ഥം പറഞ്ഞു ബ്രഹ്മചാരി ബ്രഹ്മണി മനസഹാ ചാരം ബ്രഹ്മചർ്യം പരം സ്മൃതം എന്നാണ് സംസ്കൃത വാക്ക് യാളെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞു ബ്രഹ്മചാരി എന്നുള്ളതിൻ എന്തിനാന്ന് വെച്ചാൽ എന്തില് ചാരി നിന്നാലും അതൊക്കെ വീഴണു നമ്മളും വീഴണു അപ്പോൾ വീഴാതിരിക്കണമെങ്കിൽ വീഴാത്തതിൽ ചാരി നിൽക്കണം അപ്പോൾ ബ്രഹ്മത്തിൽ ചാരി നിൽക്കുന്നവൻ ബ്രഹ്മചാരി നല്ല അർത്ഥമാണ് അതാണ് ഈ ശ്ലോകത്തിന്റെ ബ്രഹ്മണി ഉപശമാശ്രയം എന്നുള്ളതിനെ മലയാളത്തിൽ പറഞ്ഞാൽ ബ്രഹ്മചാരി ബ്രഹ്മത്തിൽ ചാരി നിൽക്കണവൻ ഭഗവാനെ ആശ്രയിച്ചു നിൽക്കണവൻ എന്നർത്ഥം കർമ്മത്തിന്റെ ഫലം നശ്വരമാണെന്ന് കണ്ട് ഫലത്തിനെ ആശ്രയിച്ചാൽ നമ്മൾ വീണുപോകും സമ്പത്തിനെ ആശ്രയിച്ചാൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വീണു ഭർത്താവിനെ ഭാര്യ ആശ്രയിക്കുകയോ ഭാര്യ ഭർത്താവിനെയോ ആശ്രയിക്കുകയോ ചെയ്താൽ ഭർത്താവോ ഭാര്യയോ ഉപേക്ഷിച്ചു പോകുമ്പോൾ ദുഃഖിക്കും പേരുപുകഴ് പ്രസിദ്ധി എന്തിനെങ്കിലുമൊക്കെ ആശ്രയിക്കുകയാണെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ദുഃഖിക്കും ശരീരത്തിന്റെ ആരോഗ്യത്തിനെ ആശ്രയിക്കുകയാണെങ്കിൽ രോഗം വന്നാൽ വിഷമിക്കും ലോകത്തിൽ എന്ത് വസ്തുവിനെ ആശ്രയിച്ചാലും അതൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കും അതുകൊണ്ട് ദുഃഖിപ്പിക്കാത്ത ഒരു വസ്തുവിൽ ചാരി നിൽക്കണം അതാണ് അവസാനം കണ്ടുപിടിച്ചത് ബ്രഹ്മം അപ്പൊ ദുഃഖിക്കാത്ത വസ്തുവിനെ ആശ്രയിക്കണം എന്നാൽ ലോകത്തിലുള്ള വസ്തുക്കളെന്ത് ചെയ്യണം അതൊക്കെ വ്യവഹരിക്കണം लोकवस्तु व्यवहिक भगवाने आश्रम भगवाने व्यवहार लोकवस्तु आश्रम लोकवस्तुे व्यवहार पण व्यवहिक पणते आश्रा पा भारियार्त प्रिय जीविक परस्पर आश्रा पा लोक प्रसिद्धि पेरे एंण आश्रा पाक एगम യാജ്ഞവൽക്കൻ മൈത്രയോട് പറയുന്നു മൈത്രിയി എന്തിനെ കയറി ബലമായി പിടിച്ചാലും അതൊക്കെ എന്നെങ്കിലും ഒരു ദിവസം തനിക്ക് അത്യധികം ദുഃഖം തന്നുകൊണ്ട് തന്നെ വിട്ടുപോകും അപ്പോ കരയേണ്ടി വരും വിഷമിക്കേണ്ടി വരും അപ്പോ ഇതറിഞ്ഞ ജ്ഞാനി എന്ത് ചെയ്യുന്നു ബാക്കിയുള്ളതൊക്കെ വിട്ട് ബ്രഹ്മണി ഉപശമാശ്രയം ബ്രഹ്മത്തിനെ ആശ്രയിക്കുന്നു അതുകൊണ്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു ഉപശമം എപ്പോഴും ശാന്തി ശാന്തി അയാളുടെ സ്വരൂപമായിരിക്കുന്നു ഒരു പൂച്ചെടിക്ക് ചുറ്റും ആ പുഷ്പത്തിന്റെ സുഗന്ധം പരിമളിച്ചു നിൽക്കുന്ന പോലെ ജ്ഞാനിക്കു ചുറ്റും ശാന്തിയുടെ സുഗന്ധം തളംകെട്ടി നിൽക്കും അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം സത്യം അറിഞ്ഞവരുടെ ചുറ്റും ബ്രഹ്മനിർവാണം തളംകെട്ടി നിൽക്കും എന്നാണ് ആ ശാന്തി തളം കെട്ടി അപ്പോ ആ ശാന്തിയിൽ രമിച്ചിരിക്കുന്ന ഒരു ജ്ഞാനി ബ്രഹ്മണി ഉപശമാശ്രയം അങ്ങനെയുള്ള ജ്ഞാനിയെ ആശ്രയിക്കുക മായകൂടാതെ അയാളെ ശുശ്രൂഷിക്കുക മായകൂടാതെ ശുശ്രൂഷിക്കുക എന്ന് വെച്ചാൽ എന്താ ഫലേച്ച കൂടാതെ കാമനകൾ കൂടാതെ അയാളിൽ നിന്നും ഭഗവത് തത്വം കേട്ടറിയൂ ഒരു ഉത്തമ ശിഷ്യൻ എങ്ങനെയാണ് രാമകൃഷ്ണ പരമവംസർ പറയുന്നു മുത്ത ഉണ്ടാക്കുന്ന ഒരു ജീവി ആ ജീവി സമുദ്രത്തിന്റെ ഉള്ളിലിരിക്കും സ്വാതി നക്ഷത്രം ഉച്ചത്തിൽ വർത്തിക്കുമ്പോ മഴ പെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് മഴവെള്ളം കിട്ടണ ഈ ജീവിക്ക് അതിനായിട്ട് സമുദ്രത്തുനിന്ന് പുറത്തു വന്ന് വായും തുറന്നുകൊണ്ടിരിക്കും ഒരു ഡ്രോപ്പ് മഴവെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വായടച്ച് അകത്തേക്ക് പോകും പിന്നെ അതിന് പുറം ലോകത്തിൽ ജോലിയില്ല കമേ ചെന്ന് ഈ വെള്ളത്തിനെ മനോഹരമായ മുത്താക്കി അത് അകത്ത് മരിച്ചുപോകും ആ മുത്ത് ശാശ്വതമായി നിൽക്കും മഹാത്മാക്കളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അവര് അവർക്കൊരു മാർഗം കിട്ടാനായിട്ട് അധ്യാത്മികമായി മുന്നോട്ടു പോവാനായി ഒരു മാർഗം കിട്ടാനായി ഈ സ്വാതി നക്ഷത്രം കാത്തുകൊണ്ടിരിക്കുന്ന പോലെ നിൽക്കും പക്ഷെ അവരുടെ വഴി എന്താണെന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദേവിൽ വിഡ്രോ പിന്നെ ആ സ്വാനുഭവസി നമുക്ക് ഭഗവാനെ അനുഭവിക്കണം സത്യത്തിനെ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തണം അതിന് ജപം ആത്മവിചാരം ധ്യാനം സത്സംഗം ഏകാന്തത്തിലിരുന്ന് ചിത്തവൃത്തികളെയൊക്കെ അടക്കി നമ്മളുടെ ഉള്ളിലുള്ള ആ മഹാനിധി വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരാണ് മഹാനിധി ആ മഹാനിധിയെ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തണം ആ മഹാനിധിയെ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തണം അതിന് ചില ഗുണങ്ങളൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞു മൈത്രി ദയാ വിനയം ശൌചം സന്തോഷം തപസ് മൗനം സ്വാധ്യായം ആർജവം ബ്രഹ്മചര്യം ബ്രഹ്മചര്യം നമ്മളിപ്പോ അർത്ഥം പറഞ്ഞു ്രഹ്മത്തിൽ നിരന്തരം മനസ്സ് സഞ്ചരിക്കുന്നതാണ് ബ്രഹ്മചര്യം അപ്പോ ലൌകികമായ വ്യവഹാരങ്ങളിൽ രുചിയോ വിഷയങ്ങളിൽ രുചിയോ ഉണ്ടാവുന്നില്ല നമ്മൾ കല്യാണം കഴിക്കാത്തവരെയൊക്കെ ബ്രഹ്മചാരി എന്ന് വിളിക്കും കല്യാണം കഴിക്കാത്തത് ഒരാൾ ബ്രഹ്മചാരി ആവില്ല കാമത്തിനെ ജയിച്ചവൻ ബ്രഹ്മചാരി എന്നുള്ള അർത്ഥത്തിലാണ് കല്യാണം കഴിക്കാത്ത ആളുകളെ ബ്രഹ്മചാരി എന്ന് ഉദ്ദേശിക്കണത് പക്ഷെ കാമവിജയം എങ്ങനെ സാധിക്കും ആത്മാനുഭവം ഉണ്ടായാലേ കാമം പോവുള്ളൂ വെളിച്ചം വന്നാലേ ഇരുട്ടു പോവുള്ളൂ പ്രജഹാതി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മനിയേവ ആത്മനാ തുഷ്ട്രജ്ഞസ്തോച്ഛത കാമനകൾ പോയാൽ സ്ഥിതപ്രജ്ഞനായി അയാൾ ജ്ഞാനിയായി അപ്പോ യഥാർത്ഥത്തിൽ ബ്രഹ്മചാരി എന്ന് ജ്ഞാനിയെ വേണം പറയാം പക്ഷേ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ബ്രഹ്മം എന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്നർത്ഥമുണ്ട് വേദം എന്നർത്ഥമുണ്ട് ഭഗവത് തത്വശാസ്ത്രം എന്നർത്ഥമുണ്ട് അതിനെ അധ്യയനം അധ്യയനം ചെയ്തുകൊണ്ട് ചിത്തശുദ്ധിയോടെ ഇരിക്കുന്ന ആളെ ബ്രഹ്മചാരി എന്ന് വിളിക്കാം അയാളുടെ ചര്യയെ ബ്രഹ്മചര്യം എന്ന് വിളിക്കാം അപ്പോ ബ്രഹ്മചര്യം അഹിംസാച്ച് ഒരു പ്രാണിയെയും ഹിംസിക്കായ നമ്മളാരെയും ഹിംസിക്കാറില്ലല്ലോ അഹിംസ പന്ത്രണ്ട് വർഷം അനുഷ്ഠിച്ചാൽ നമ്മളുടെ സന്നിധിയില് ക്രൂരമൃഗങ്ങൾ പോലും സ്നേഹത്തോടെ വർത്തിക്കും അത്ര പതഞ്ജലി മഹർഷി പറ നമ്മളെ കണ്ട കാക്കയെ ഓടിപ്പോണു പിന്നെന്താ ക്രൂരമൃഗങ്ങൾ അവര് പോലും പ്രിയത്തോടെ വർത്തിക്കും എന്നാണ് അഹിംസ അപ്പൊ അഹിംസ എന്താ പതഞ്ജലി തന്നെ പറഞ്ഞു അസൂയാതി വൃത്തിരാഹിത്യം എന്നാണ് അടുത്ത വീട്ടില് കാറ് വാങ്ങിച്ചാൽ നമ്മളുടെ നെഞ്ചെരിയാൻ പാടില്ല അടുത്ത വീട്ടിൽ വലതുമൊക്കെ കിട്ടിയാൽ ഇവിടെ ഒരു ചൊറുച്ചലുണ്ടെങ്കിൽ നമ്മള് ഉള്ളുകൊണ്ട് ഹിംസിച്ചു കഴിഞ്ഞു എന്നർത്ഥം എന്നാണ് അപ്പോ ഹിംസിക്ക സൂക്ഷ്മ മണ്ഡലത്തിൽ പോലും ഇവിടെ ഇരിക്കുമ്പോ പ്രഭാഷണം കേട്ടുകൊണ്ടേ അങ്ങനെ ഒരു പോക്ക് പോകും ഒരാള് രമണ മഹർഷിയോട് ചോദിച്ചു ആരെയും ഹിംസിക്കാൻ പാടില്ല എന്ന് പറയണു ഭഗവാന് കൊതുക് കടിച്ചാ എന്ത് ചെയ്യൂ അപ്പൊ മഹർഷി പറഞ്ഞു കൊതുകു വന്ന് നിനക്ക് തത്വോപദേശം ചെയ്യാനായിട്ടാണ് വരണത് കൊതുക് എന്ത് വരണു നീ ദേഹമല്ല ദേഹമല്ല ദേഹമല്ല എന്ന് ഒന്ന് കടിക്കണം നീ ആകട്ടെ ഞാൻ ദേഹമാണ് ദേഹമാണെന്ന് പറഞ്ഞ അടിക്ക കൊതുക് തത്വം പഠിപ്പിക്കാൻ വരിക അത് ദേഹമല്ല കടിക്കുമ്പോ ഞാൻ ദേഹമാണ് ദേഹമാണ് എന്ന് തോന്നുന്നത് അടുക്കിയാണ് അപ്പോ അഹിംസ തികച്ചും ഹിംസയില്ലാത്ത സ്ഥിതി എന്ന് പറയുന്നത് സാധുക്കൾക്ക് സാധ്യമാവും ഹൃദയത്തിൽ പ്രിയമുണ്ടാവുന്നു പ്രേമം ഉണ്ടാകുമ്പോൾ ഭക്തി ഉണ്ടാകുമ്പോ അഹിംസ സഹജമായിട്ട് വരും സർവപ്രാണികളോടും പ്രിയം സകലപ്രാണികളോടും പ്രിയം ആരോടും വിരോധമില്ല അത്തരത്തിലൊരു പ്രിയം ഹൃദയത്തിൽ ഏർപ്പെടുമ്പോ അഹിംസ തനിയെ വരും അഹിംസ സമത്വം ദ്വന്ദ്വസഞ്ജയോഹോ സുഖം ദുഃഖം തണുപ്പ് ചൂട് മുതലായിട്ടുള്ള ദ്വന്ദ്വങ്ങൾ ഈ ദ്വന്ദ്വങ്ങളിലൊക്കെ സമത്വം എന്നുവെച്ചാൽ അതിനോടൊന്നും വിരോധമല്ല സമത്വം ദ്വന്ദ്വസഞ്ജയോഹോ സർവത്ര ആത്മേശ്വരാൻവീക്ഷാം വീണ്ടും അതേ ലക്ഷണം ജഗത്തിൽ എന്തിനെ കണ്ടാലും ആത്മാവായിട്ട് കാണുന്നു സർവത്ര എപ്പോ അതെങ്ങനെ സാധിക്കും അവനവനെ ശരീരമല്ല ഞാൻ ആത്മാവാണെന്ന് കണ്ടാൽ ജഗത് മുഴുവൻ ആത്മസ്വരൂപം തന്റെ ശരീരത്തിൽ താൻ എന്താണ് എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് ണോ ഈ ദേഹം ഒരിക്കലും ഞാൻ എന്ന് ഉരയ്ക്കുന്നതേ ഇല്ല ഞാൻ എന്ന് ചൊല്ലണതേയില്ല ദേഹത്തിൽ ഒരിടത്തു നിന്നും ഞാൻ എന്നുള്ള ധ്വനി ഞാൻ ഞാൻ എന്നുള്ള ധ്വനി എവിടെ നിന്ന് പൊന്തുണു ഹൃദയസ്ഥാനത്തിൽ സ്വതന്ത്രമായൊരു ഞാൻ ഞാൻ ഞാൻ എന്ന് ചൊല്ലും അപ്പൊ ഈ ഞാൻ എന്താണ് എന്റെ ഞാൻ എന്താണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കി ഈ ഞാൻ എന്നുള്ളത് അഖണ്ഡാകാശം പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധവസ്തുവാണ് ചൈതന്യമാണ് ശരീരമല്ല എന്നുള്ളത് ഉള്ളിൽ നല്ലവണ്ണം തെളിഞ്ഞു കണ്ടാൽ എല്ലാ ശരീരത്തിലും അതേ വസ്തുവാണ് ഉള്ളത് നമുക്ക് പകൽ വെളിച്ചം പോലെ തെളി അപ്പോഴേ സർവത്ര ആത്മേശ്വരാൻവീക്ഷം മനീഷാപഞ്ചകത്തിൽ ആചാര്യസ്വാമികൾ പറയാം പക്ഷികൾ മൃഗങ്ങൾ പുഴു പാറ്റ മനുഷ്യൻ ദേവന്മാർ എല്ലാവരുടെ ഉള്ളിലും ഒരേ ചൈതന്യം ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്യുന്നു യാതിര്യങ് നരദേവതാഭിരഹം അഹം ഇതി അന്തസ്ഫുടാ ഗൃഹ്യത്തെ देह भांति स्वतो ताम ൃദയാക്ഷേഹവിഷയാസ്വത്തോ അചേതാ ഭാഷ്യേ പിഹിതാർക്കൂർ സദാ ഭാവയൻ യോഗീ നിവൃതമാനസോ ഹി ഗുരുത്യേഷ മനീഷ മമ സ്ഫുരൻ അന്തസ്ഫുരൻ സൂര്യൻ മേഘം കൊണ്ടു മറക്കപ്പെടുന്നു ഒരു മേഘം പോയി മറ്റൊരു മേഘം വരുമ്പോ ഇടയക്കൂടെ സൂര്യകിരണം കാണപ്പെടുന്ന പോലെ ശരീരത്തിൽ നമ്മളുടെ ഉള്ളില് ചിത്തവൃത്തികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഒരു ചിത്തവൃത്തിക്കും അടുത്ത ചിത്തവൃത്തിക്കും നടുപ്പിൽ നടുവില് ഒരു ചെറിയ ഒരു ഇന്റർവൽ ഒരു ആ ഗ്യാപ്പില് നമ്മളുടെ സ്വരൂപം പ്രകാശിക്കണുണ്ട് നമ്മൾ അറിയണില്ല അത്രയോ ആത്മാവ് ഒരു ചിത്തവൃത്തി വരുന്നു ദേഷ്യം ഒരു ചിത്തവൃത്തി വന്നു ദേഷ്യം വന്നു ആരെയോ ചീത്ത പറഞ്ഞു ഉമ്മറത്തൊരു ഭിക്ഷകാരൻ വന്നു ഇതെന്താ വെറുതെ വെറുതെ ഭിക്ഷ എടുക്കണത് നല്ല ആരോഗ്യമുണ്ട് പണി ചെയ്തോടെ ചീത്ത പറഞ്ഞു അപ്പോഴേക്കും പേരക്കുട്ടി വന്നു അയ്യോ എടുത്തും വിളിച്ച് ഈ ചീത്ത അടുത്ത ക്ഷണം പ്രിയമായിട്ട് മാറി പേരക്കുട്ടിയെ കണ്ടപ്പോ അപ്പൊ ദേഷ്യം എന്നുള്ള വൃത്തി പൊന്തി കെട്ടടങ്ങിയിട്ടാണ് പ്രിയം എന്നുള്ള വൃത്തി പൊന്തിയത് ഈ പ്രിയം വരുന്നതിനും ദേഷ്യം വരുന്നതിനും നടുവില് ഒരു നിശ്ചലസ്ഥിതി ആ നിശ്ചല സ്ഥിതിയില് നമ്മളുടെ സ്വരൂപം പ്രകാശിക്കുന്നുണ്ട് ഭാഗവതത്തിൽ തന്നെ ഏഴാമത്തെ സ്കന്ധത്തില് നാരദ മഹർഷി ഈ രഹസ്യത്തിന് പറയുന്നു ചിത്തവൃത്തികൾക്ക് നടുവിലും ജാഗ്രത് സ്വപ്നത്തെ സ്വപ്നങ്ങൾക്ക് നടുവിലും ഒരു സന്ധ്യാകാലം ആ സന്ധ്യാകാലത്തില് നമ്മളുടെ സ്വരൂപം ആത്മവസ്തു പ്രകാശിക്കുന്നു അത് നമ്മളുടെ ഉള്ളിൽ കണ്ടാൽ കാണുന്നിടത്തൊക്കെ അത് കാണും നമ്മളുടെ ഉള്ളിൽ വിഷയവാസനയാണെങ്കിൽ ലോകത്തിൽ മുഴുവൻ അത് കാണും മഞ്ഞപ്പിത്തം പിടിച്ച ആൾക്ക് ലോകം മുഴുവൻ മഞ്ഞയായിട്ട് തോന്നും തന്റെ ഉള്ളിൽ എന്താണോ അത് സർവത്ര കാണും തന്റെ അഹങ്കാരം പോയി ആത്മദർശനം ഏർപ്പെട്ടാൽ അതാണ് ഹരിനാമകീർത്തനത്തില് ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അതു വേണമിഹ തോന്നുന്നതാകിൽ അഖിലം താനിതെന്ന വഴി തോന്നേണമേ വരത നാരായണായനമ ഇത് രണ്ടും മണ്ഡലത്തിലാണ് ധ്യാനവേളയിൽ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം തോന്നുന്നതാകിൽ എന്ന് വെച്ചാൽ വ്യവഹാരവേളയിൽ ഇത് രണ്ടെണ്ണമാണ് അല്ലാതെ ഇതോ അതോ എന്ന് അർത്ഥമായാൽ ശരിയാവില്ല ഇതോ അതോ എന്ന് അർത്ഥം പറഞ്ഞാൽ തെറ്റിപ്പോകും ധ്യാനിക്കുമ്പോൾ ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ ഞാൻ എന്ന ഭാവം തോന്നാത്ത സ്ഥിതിയാണ് സാക്ഷാത്കാര സ്ഥിതി ഞാൻ എന്ന് പ്രത്യേക വ്യക്തിബോധം പൊന്തിയിട്ടില്ലെങ്കിൽ അഖണ്ഡമായ ബോധസ്വരൂപം അവിടെ അവശേഷിക്കും ഞാൻ എന്താണ് എന്ന് ആരാഞ്ഞാൽ സത്യാസ്ഥിതി ന അഹം ഉദയതി എത്ര സത്യസ്ഥിതി എന്ന് പറയുന്നത് എന്താണ് അഹങ്കാരം ഉദിക്കാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ അത് തന്നെ സത്യസ്ഥിതി അതെങ്ങനെ സിദ്ധിക്കും ഒന്നിൽ ആത്മവിചാരം കൊണ്ട് അല്ലെങ്കിൽ ശരണാഗതി കൊണ്ട് രണ്ടും ഒന്ന് തന്നെ ആത്മവിചാരം കൊണ്ട് എന്തു ചെയ്യുന്നു അഹങ്കാരം എവിടെ നിന്ന് പൊന്തുണു എന്ന് ശ്രദ്ധിക്കുന്നു അതിന്റെ ചലനത്തിന് ശ്രദ്ധിക്കുന്നു തമിഴില് മനോഹരമായിട്ട് ഇതിനെ രമണ മഹർഷി പറഞ്ഞു നമുക്ക് മലയാളികൾക്ക് തന്നെ കേട്ടാൽ മനസ്സിലാവും നില അത് എന്താന്നൊന്നും പറഞ്ഞില്ലേ അത് ബ്രഹ്മം ആത്മാ എന്നൊന്നും പറയാതെ നാൻ മലയാളത്തിന് പറഞ്ഞാൽ ഞാൻ ഉതിയാതുള്ള നില നാം അതുവായുള്ള നില ഞാൻ എന്നു ഉള്ളത് ഉദിക്കാത്ത സ്ഥിതിയിൽ അഹങ്കാരം മൂലത്തിൽ അടങ്ങി നിശ്ചലമായി നിൽക്കുമ്പോൾ നമ്മൾ ബ്രഹ്മമായിട്ടിരിക്കുന്നു അതെങ്ങനെ സാധിക്കും നാൻ ഉദിക്കും സ്ഥാനമതൈ നാടാമൽ നാൻ ഉദിയാ തന്നിഴപ്പൈ ശാർവദേവൻ ഞാൻ എന്നുള്ളത് ഉദിക്കുന്ന സ്ഥാനം എവിടെ എന്ന് അന്വേഷിച്ച് ആഴുന്നു മുങ്ങി മൂലാന്വേഷണം ചെയ്യാതെ ഞാൻ ഉദിക്കാത്തതായിട്ടുള്ള സ്വരൂപമായ ആ സമാധിസ്ഥിതിയെ എങ്ങനെ പ്രാപിക്കും എന്ന് അപ്പോ താൻ അന്വേഷണം ചെയ്ത് മൂലാന്വേഷണം ചെയ്ത് അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ അടങ്ങുമ്പോ നമ്മൾ മഹാത്മാക്കളുടെ മുമ്പിലോ ഭഗവാന്റെ മുമ്പിലോ പോകുമ്പോൾ ഈ ആത്മവിചാരം അറിയാതെ ചെയ്യും അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യും എങ്ങനെ അവരുടെ സന്നിധിയിൽ പോകുമ്പോൾ നമ്മളെ അറിയാതെ നമ്മൾ ഈ ഞാൻ ഉദിക്കാൻ അനുവദിക്കാതെ ജാഗ്രതയോടെ മൂലത്തിൽ വെച്ചുകൊണ്ടിരിക്കും അപ്പോഴും ആത്മവിചാരമാണ് ചെയ്യണത് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോ നമ്മൾ സ്വയമേവ ഉള്ളിൽ വിചാരം ചെയ്ത് നോക്കണു ഇത് എവിടെ നിന്ന് അപ്പോ അഹങ്കാര ഉദിക്കില്ല അതാണ് ഞാനെന്ന ഭാവം അതു തോനായിക വേണം എന്ന് പറഞ്ഞു ഉള്ളിലെ ദർശിക്കുമ്പോ വെളിയിൽ വ്യവഹരിക്കുമ്പോഴോ തോന്നുന്നതാകിൽ വ്യവഹരിക്കുമ്പോ തോന്നലുകളൊക്കെ പൊന്തും അല്ലെ ചിത്തവൃത്തികളൊക്കെ പൊന്തും തോന്നുമ്പോഴോ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി അഖിലം താനിതെന്ന വഴി തോന്നേണമേവരത നാരായണായ നമാം എല്ലാ തോന്നലുകളും എവിടെ പൊന്തി നിശദമായ ബോധത്തിൽ മനസ്സ് പൊന്തിയപ്പോ തോന്നലുകളൊക്കെ പൊന്തി ആ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് വന്നപ്പോ ലോകം കണ്ടു അല്ലെങ്കിൽ ലോകത്തിനെ ആര് കാണും അല്ലേ ഉറക്കത്തില് മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പോയി അപ്പൊ ഉറങ്ങി മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വന്നു അപ്പൊ ശരീരം കണ്ടു ലോകം കണ്ടു നമ്മൾ ദിവസം എങ്ങനെയാണല്ലോ അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ അകമേക്ക് പോയി എവിടെ പൊന്തിയോ അവിടെ അടങ്ങിയാൽ നമ്മളുടെ മരണത്തിനെ നമുക്ക് തന്നെ കാണാം ധാരാളം മഹാത്മാക്കൾ അങ്ങനെ പാടിയിട്ടുണ്ട് ഞങ്ങളുടെ മരണത്തിനെ ഞങ്ങൾ തന്നെ കണ്ടു എന്നാണ് എന്റെ മരണത്തിനെ ഞാൻ കണ്ടു മരിക്കാതെ ഉള്ള മരണം ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ അഹങ്കാരം നിശേഷം മരിച്ചു യഥാർത്ഥത്തിൽ സന്യാസം എന്ന് പറയുന്നത് അതാണ് നമ്മളിപ്പോ എന്തോ വേഷം നമ്മൾ കാഷായ ഒടുക്കും പൂജയൊക്കെ ചെയ്ത് ഒരു ഹോമമൊക്കെ കഴിക്കും ശരിക്കും സന്യാസത്തിനൊരു കർമ്മമുണ്ട് അഷ്ടശ്രാദ്ധം എന്ന് പറയും എട്ട് ശ്രാദ്ധങ്ങൾ ചെയ്തിട്ട് ആത്മ പിണ്ഡവും വയ്ക്കും അതായത് താനും മരിച്ചു എന്നുള്ള ഒരു സിംബോളിക്കായിട്ട് പക്ഷെ അങ്ങനെയൊന്നും ചെയ്തതുകൊണ്ടൊന്നും ഈ മരണം നടക്കില്ല അത് പുറമേക്കൊരു സിംബൽ ഉള്ളൂ യഥാർത്ഥ സന്യാസം വേണമെങ്കിൽ എന്ത് വേണം അകമേക്കുള്ള ഈ അഹങ്കാരം ജീവബോധം ഉള്ളിൽ നിശേഷം അസ്തമിച്ചു പോയി താൻ അഹങ്കാരൂപിയായ താൻ അവിടുന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അഖണ്ഡബോധസ്വരൂപമായ ആത്മാ ഉള്ളിൽ പ്രകാശിക്കും അതാണ് ഞാൻ ഉതിയാതുള്ള സ്ഥിതി പുറമേക്ക് വ്യവഹരിക്കുമ്പോഴോ അഖിലം താനിതെന്ന വഴി തോന്നേണമേ കാണുന്നതൊക്കെ ഞാൻ തന്നെ കാണുന്നതൊക്കെ ആത്മസ്വരൂപം യസ്മിൻ സർവാണി ഭൂതാണി ആത്മൈവാ ഭൂത് വിജാനത തത്രോ മോഹോക ഏകത്വം അനുപശ്യത ഉപനിഷത്ത് പറയുന്നു ആർക്ക് സർവഭൂതങ്ങളും ആത്മസ്വരൂപമായിട്ട് അനുഭവപ്പെട്ടിരിക്കുന്നു അവന് മോഹം എവിടെ ശോകമെവിടെ ഏകവും അദ്വയവുമായി സർവത്തിനെയും കാണുമ്പോ എവിടെ മോഹം എവിടെ ശോകം എല്ലാ അസ്തമിച്ചു സർവത്ര ആനന്ദൂർത്തി ആനന്ദസ്ഫൂർത്തി ചലിക്കാൻ സ്ഥലമില്ലാതെ ആനന്ദം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു പാക്കും ഇടം എങ്കും ഒരു നീക്കം അര നിറയുക പരിപൂർണ ആനന്ദമേ എന്നൊരു ഭക്തൻ പാടി നോക്കുന്ന സ്ഥലത്തൊക്കെ നീക്കാൻ സ്ഥലമില്ല ഒന്ന് ചലിക്കാൻ ഒരു സ്ഥലമില്ലാതെ ആനന്ദം തിങ്ങി നിൽക്കുന്നു ഒരു പട്ടണത്തിലെ അനേകവട്ടം പറഞ്ഞ ഉദാഹരണമാണ് വീണ്ടും പറയാം ഒരു പട്ടണത്തിൽ ഒരു കണ്ണാടിക്കട എന്നുവച്ചാൽ മുകളിൽ കണ്ണാടി വശങ്ങളിൽ കണ്ണാടി വാതിൽ കണ്ണാടി നിലം കണ്ണാടി റൂഫ് കണ്ണാടി നമുക്ക് നമ്മളെ തന്നെ പല പോസിൽ കാണും നമ്മളുടെ ഒരു നൂറ്റിക്കണക്കിന് രൂപം കാണും അതിനകത്ത് പോയാൽ ആ കണ്ണാടിക്കടയിൽ ഒരു നായ കടന്നു നായ്ക്കൾക്ക് എപ്പോഴും മറ്റു നായ്ക്കളെ കണ്ടാൽ ഇഷ്ടമല്ല ഈ നായ ചുറ്റും നോക്കിയാൽ ഒരു പത്തുനൂറ് നായ്ക്കൾ നിക്കണം ഇത് കൊരച്ചു ആ നായ്ക്കളും കുറച്ചു ഇതിങ്ങട് തിരിഞ്ഞു കുറഞ്ഞു ഇവിടുന്ന് കുറെ നായ്ക്കൾ അതിനെ കടിക്കാൻ പോയി ഈ നായ പലവട്ടം പല വശങ്ങളിലേക്ക് നോക്കി എല്ലാ വശത്തും നായ്ക്കൾ തന്നെ കടിക്കാൻ വരുന്നു നായ വിചാരിച്ചു ഇതെന്തു ലോകമാപ്പ എവിടെ നോക്കിയാലും നമുക്ക് ശത്രുക്കൾ എല്ലാവരും നമ്മളെ കടിക്കാൻ വരുന്നു ഇങ്ങനെ കൊരച്ച് കൊറച്ച് കുറച്ച് കുറച്ച് അവസാനം ആ നായ തളർന്ന് ക്ഷീണിച്ച് അവിടെ വീണു ആ കടക്കാരൻ എടുത്തു വലിച്ചെറന്നു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ നല്ലവണ്ണം അലങ്കരിച്ച് ഡ്രസ് ചെയ്തിട്ട് ഒരാൾ വന്നു കണ്ണാടിക്കടയിൽ വന്നു അയാൾക്കറിയാം ഇതൊക്കെ തന്റെ തന്നെ പ്രതിബിംബമാണെന്ന് അറിയാം പല പോസിൽ പല രൂപത്തില് പല ഭാവങ്ങളിൽ നിന്ന് തന്നെ തന്നെ നോക്കി ആസ്വദിച്ചു ഇതാണ് ജ്ഞാനിക്കും അജ്ഞാനിക്കും തമ്മിലുള്ള ഭേദം എന്ന് ജ്ഞാനി ഈ കാണുന്നതൊക്കെ തന്റെ തന്നെ സ്വരൂപമാണ് അഖിലം താനിതെന്ന വഴി കാണുന്നു അജ്ഞാനിയോ സർവത്ര ഭേദബുദ്ധിയോടുകൂടെ സർവം അതുവേറെ ഇതുവരെ അവൻ എനിക്കിഷ്ടപ്പെട്ടവൻ ഇവൻ എനിക്കിഷ്ടപ്പെടാത്തവൻ പല ഭേദബുദ്ധികളോടുകൂടെ കാണുന്നു ഈ ഭേദബുദ്ധിയെ അസ്തമിച്ച് സർവവും ആത്മസ്വരൂപമായി കാണുക അതാണ് സർവത്ര ആത്മേശ്വരാൻ വിക്ഷാം എല്ലാത്തിലും ആത്മാവിനെ കാണുന്നു ഈശ്വരനെ കാണുന്നു അന്വീക്ഷം കണ്ട് പഠിക്കണം കണ്ട് അഭ്യാസം ചെയ്യണം ഞാനിക്ക് ഇത് സഹജം നമ്മൾക്കോ ഇത് ധ്യാനമാണ് നമുക്കിത് അഭ്യാസം ജ്ഞാനിക്ക് ഏത് സഹജമോ അത് നമ്മൾക്ക് അഭ്യാസം അഭ്യാസം കൊണ്ട് വരും പഴയ ഇപ്പോ ഉണ്ടോന്നറിയില്ല ഉത്സവത്തിനൊക്കെ ഈ ചരട്ട കൊണ്ടു ചിരട്ടയില് ഒരു മുള കുത്തിരികിയിട്ട് ഒരു കമ്പി കെട്ടും കെട്ടിയിട്ട് ഒരു വില്ല് പോലെ മുളയുടെ ഇതുകൊണ്ട് തന്നെ നാരു വെച്ചിട്ട് പാട്ട് വായിക്കും കുട്ടികളൊക്കെ കാണും മൂന്ന് ഉറുപ്യ നാലുറുപ്യ വില ഉണ്ടാവുള്ളൂ ആ സാധനം വാങ്ങിക്കാൻ അയാള് അതിലുള്ള സിനിമാ പാട്ട് പഴയ പാട്ടുകളൊക്കെ വായിക്കും വായിക്കുന്നത് കണ്ടാൽ നമുക്കും വാങ്ങിച്ച് വായിക്കാൻ പറ്റും തോന്നും അത് മെനക്കെട്ട് വീട്ടിൽ നിന്ന് പൈസയൊക്കെ ചോദിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്ത് അത് വാങ്ങിച്ച് ആദ്യം വെക്കുമ്പോ തന്നെ ഒരു അപസ്വരം രണ്ടാമത് വെക്കുമ്പോ ടം പൊട്ടി അപ്പോഴാണ് മനസ്സിലാവണത് ഈ വാങ്ങി വായിക്കുന്നത് എളുപ്പമല്ല അയാൾ എത്രയോ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ സംഗീതം അതിലൂടെ ഇങ്ങനെ വരുന്നത് നമ്മളിത് വായിക്കാൻ പുറപ്പെട്ടപ്പോഴേ എപ്പോഴും ഒരു സംഗീതത്തിൽ ഒരാൾക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ വരും ഒരു സംഗീത സ്കൂളില് അപസ്വരത്തോടെ കുട്ടികളെ ചെണ്ടപരിശയും സരളപരിശയും പാടണത് കേട്ടിട്ട് ഒരാൾക്ക് സംഗീതത്തിൽ രുചി വരില്ല നല്ല കച്ചേരി കേട്ടാൽ സംഗീതത്തിൽ രുചി വരും പക്ഷെ കച്ചേരി കേട്ടിട്ട് ഉടനെ പോയി കച്ചേരി പാടുന്ന പോലെ പാടണം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് ടീച്ചറടുത്ത് പോയി പഠിച്ചാൽ ശരിയാവുമോ അപസ്വരത്തോടെ തുടങ്ങേണ്ടി വരും എന്നിട്ട് വേണം പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അഭ്യാസേനത്തു കൗന്തേയ വൈരാഗ്യേണച്ച ഗൃഹ്യത്തെ അഭ്യാസം ചെയ്ത് ചെയ്ത് ചെയ്ത് അതേപോലെ സകലപ്രാണികളിലും ഭഗവാനെ കാണുക എന്നുള്ളതും കൗശലം ജനകൻ പറയുന്നു കുതശ്ചിത് കൗശലാദേവ പരമാത്മാവിലോക്യതെന്നാണ് കുറച്ചുനേരം മുമ്പ് എനിക്ക് ലോകം കണ്ടു പലതും കണ്ടു പക്ഷേ ഇപ്പൊ അഷ്ടാവക്ര മഹർഷി എന്റെ ശിരസിൽ തലവെച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച അടുത്ത ക്ഷണം കുതശ്ചിത് കൗശലാദേവ പരമാത്മാവിലോക്യതെ എന്തോ ഒരു കൗശലം ആ കൗശലം കൊണ്ട് ഇവിടെ തന്നെ എല്ലാവരിലും ഞാൻ പരമാത്മാവിനെ കാണുന്നു ഭഗവാനെ കാണുന്നു അതാണ് സർവത്ര ആത്മേശ്വരാൻ വിക്ഷാം കൈവല്യം അനികേതാം ഏകാന്തത്തിലിരിക്കുക ആളുകൾക്ക് ഏറ്റവും വിഷമം പിടിച്ച കാര്യമാണ് ഏകാന്ത സ്ഥിതി ഏകാന്തത്തിലിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ആരെങ്കിലും ഒരു കൂട്ടു വേണം അല്ലേ നമ്മൾക്ക് ചിലപ്പോ ഏകാന്ത പ്രിയന്മാരാണെങ്കിൽ പോലും ഏകാന്തത്തിൽ നമ്മളിരുന്ന ചില ആളുകൾ പാവം അദ്ദേഹം തനിയെ ഇരിക്കുന്നു നമ്മൾ പോയി കുറച്ച് വർത്തമാനം പറയാമെന്ന് വന്നുകൾ ശനിദേശ ഏകാന്തം ലോകത്തിലെ എല്ലാവരുടെയും ഭാവത്തിൽ ഏകാന്തത്തിൽ ഇരിക്കുക വെച്ചാൽ അതുപോലെ സങ്കടകരമായിട്ടുള്ള കാര്യമില്ല ഇവിടെ പറയുന്നു അനിക്കേറ്റത്താം തനിക്ക് എന്ന് പറഞ്ഞൊരു വീടില്ല എന്നാണ് കൈവല്യം അനികേതതാം അങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും വീടൊക്കെ വിറ്റിട്ട് വാടക വീട്ടിലിരിക്കണോ ഒന്നും നമ്മളുടെ സ്വന്തമല്ലാന്ന് അറിഞ്ഞാൽ മതി ഇവിടെ ഒന്നും ശാശ്വതമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല ഒന്നിനും മമതയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല കൈവല്യം അനികേതാം അടുത്തതൊക്കെയാണ് കഷ്ടം വിവിക്ത ചീരവസനം ഏകാന്ത സ്ഥിതി മാത്രമല്ല ചീരവസനം മരത്തോലൊടുക്കാന്ന് മരത്തിന്റെ തോലൊക്കെ ഉടുക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവും ഇപ്പോ അതിന്റെയും അർത്ഥം വളരെ ലളിതമായ വസ്ത്രം ശരീരത്തിലേതോ നാണം മറയ്ക്കാനായിട്ട് എന്തോ വസ്ത്രം ഉടുക്കണം സമൂഹത്തിന് പറ്റിയ രീതിയിൽ ഒരു വസ്ത്രം ഉടുക്കണം ഉള്ളൂ അതിൽ കൂടുതൽ വസ്ത്രം എടുക്കാൻ വേണ്ടി ജീവിക്കരുത് അത്രേയുള്ളൂ ചിലര് വസ്ത്രമെടുക്കാൻ വേണ്ടി ഒരു ജീവിതം അങ്ങനെയാവുമ്പോ എന്തൊക്കെ തരം വസ്ത്രം കൊടുത്താലും പോരാ എന്തെങ്കിലുമൊക്കെ നാണം മറയ്ക്കാനായിട്ട് വസ്ത്രമെടുക്കാനാണ് അജിനം വാസ വളരെ സിമ്പിൾ ലൈഫ് എന്നർത്ഥം ലളിതമായ ജീവിതം ശരീരത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കണില്ല ഉദ്ദേശം എവിടെയാ ഭാഗവതം വായിക്കണം നാമം ജപിക്കണം ആത്മവിചാരം ചെയ്യണം സാക്ഷാത്കാരം നേടണം എത്ര കാലം ജീവിക്കൂ എന്നറിയില്ല ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ബാക്കിയുള്ളതൊക്കെ നടക്കട്ടെ ഇങ്ങനെ നടക്കട്ടെ അത്രയുള്ളൂ ശ്രദ്ധ സന്തോഷം ഏനക്കേ നച്ചിറ്റ് കിട്ടുന്നത് കൊണ്ട് സന്തോഷം യാതൊരാഗ്രഹമില്ല അങ്ങനെയുള്ളവനെ നോക്കി ദേവന്മാര് ബ്രാഹ്മണൻ എന്ന് വിളിക്കും ഏനക്കേ നച്ചിത് ആഛന്നഹ ഏനകെ എത്ര കൊച്ചന ശായി തം ദേഹ ബ്രാഹ്മണം വിതുഹു സന്തോഷം എപ്പോഴും സന്തോഷം എന്ത് കിട്ടിയാലും സന്തോഷം എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും സന്തോഷം കിട്ടിയാലും സന്തോഷം കിട്ടിയിട്ടില്ലെങ്കിലും സന്തോഷം യാതൊന്നും വിഷമല്ല അങ്ങ് സന്തോഷം ഏനക്കെ എപ്പോഴും സന്തോഷമായിട്ടില്ല യഥാർത്ഥ ഭക്തനാണെങ്കിൽ സന്തുഷ്ട സതതം യോഗി വിവേകാനന്ദ സ്വാമി ഈ ശ്ലോകം പറഞ്ഞ് പതഞ്ജലി യോഗസൂത്രത്തിന് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നു നിങ്ങൾക്ക് മൂഡ് ഓഫായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു മുറിയിൽ വാതിൽ അടച്ച് പൂട്ടിയിരിക്കാൻ നിങ്ങളുടെ മുഖം മറ്റുള്ളവർക്ക് കാണിക്കരുത് എന്താന്ന് വെച്ചാൽ കണ്ടേജിയസ് ഡിസീസ് നമ്മളുടെ ഓരോ മൂഡും മറ്റുള്ളവരിലേക്ക് നമ്മൾ സന്തോഷമായ ഒരാളെ കണ്ട് ചിരിച്ചാൽ അവർക്ക് സന്തോഷം തോന്നും ചില ആളുകളെ കണ്ടാൽ അന്നത്തെ ദിവസം അസ്തമിച്ചു എന്ന് അർത്ഥം ചിലപ്പോ നമ്മൾ പറയും രാവിലെ അതിനെ കണ്ടു അതോടെ പോയി കാര്യമൊക്കെ എന്താ എപ്പോഴും വിളക്കെണ്ണ കുടിച്ച പോലെ മൂഡ് ഓഫ് ആയിട്ട് എന്താണ് ഭക്തി വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ പോയപ്പോ കുട്ടികളുടെ കൂടെ കളിച്ചോണ്ടിരിക്കുക അപ്പോ ഒരു പള്ളിയിലെ പാതിരി കണ്ടു പാതിരി കണ്ടിട്ട് പറഞ്ഞു സ്വാമിജി യു ആർ എ റിലീജിയസ് പേഴ്സൺ യു ഷുഡ് നോട്ട് ലോഫ് ആൻഡ് പ്ലേ ലൈക്ക് ദിസ് യു ഷുഡ് ബി വെരി സീരിയസ് നിങ്ങളൊരു മതാചാര്യനാണ് ഇങ്ങനെ കളിക്കുകയും ചിരിക്കുകയും ഒന്നും ചെയ്യരുത് വളരെ ഗൗരവത്തോടെ ഇരിക്കണം സ്വാമി പറഞ്ഞു അതെ ഞാൻ വളരെ ഗൗരവമായിരിക്കും എപ്പോന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇവിടുത്തെ ആഹാരം പിടിക്കാതെ വയറുവേദന വരുന്നു അപ്പൊ ഞാൻ ഗൗരവമായിരിക്കും സന്തോഷമായിരിക്കുന്നതാണ് ഭക്തിയുടെ ലക്ഷണം എന്താണ് നമ്മളൊക്കെ ഭഗവാന്റെ കുട്ടികളാണ് നമുക്ക് വലിയ ചുമട് തലയിലുണ്ടെങ്കിലല്ലേ നമുക്ക് ടെൻഷൻ ശരണാഗതി ചെയ്തവന് എന്ത് ടെൻഷൻ ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ടൂടെയർ എ സി അതില് വലിയൊരു സൂട്ട് കേസ് തലയിൽ വെച്ചു നേരമായി നോക്കിയ ആളെ എന്താ ഇപ്പൊ കുഴപ്പം മനസ്സിലായില്ല എന്താ ഇപ്പൊ എന്തിനപ്പി തലയിൽ പാവം ട്രെയിൻ ഇത്രയും ചുമക്കണു എന്റെ പെട്ടി ഞാൻ ചുമന്നോളാം ഈ തലയിൽ വെച്ചാലും ചുവട്ടില് വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ പോണത് അക്ബറിൻ്റെ അക്ബർ ബീർബലിന്റെ അടുത്ത് കുറെ വിഡികളെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഇത്രേ അതിലൊരു വിഡ്ഡി ബീർബൽ പിടിച്ചുകൊണ്ട് വന്നത് കഴുതപ്പുറത്ത് ഈ കയറി ഇരുന്നിട്ട് വിറക് കെട്ട് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അയാളോട് ചോദിച്ചു എന്താപ്പലം എന്റെ കഴുത പാവം വറകു ചുമന്ന് ചുമന്ന് മടുത്തു അതുകൊണ്ട് ഞാൻ അതിന്റെ മേലെ ഇരുന്ന് വരകിനെ ഞാൻ ചുമക്കുകയാണെന്ന് ഇതുപോലെ ലോകത്തിലെ സകല കർമ്മങ്ങളും ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അടങ്ങിക്കൊടുത്തു സ്വതന്ത്രമായി സന്തോഷമായി ഭഗവാന്റെ കയ്യിൽ യന്ത്രമായിട്ട് സന്തോഷമായിട്ടിരിക്കും സന്തോഷ് സന്തോഷ ഏനക്കേനെ എന്തെങ്കിലുമൊക്കെ കിട്ടണതുകൊണ്ട് സന്തോഷമെന്ന് ഭഗവാൻ നമുക്ക് ഇത് തരുണ്ടല്ലോ ഊണ് കഴിക്കുമ്പോ നമ്മൾ പലപ്പോഴും സന്തോഷം വരാതിരിക്കാൻ കാരണമെന്ന നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ കാണുന്നില്ല ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് അസന്തോഷം ഞാൻ ജീവിക്കണ കോലത്തിന് ഭഗവാൻ എനിക്ക് ഇതെങ്കിലും തരുണുണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചോളൂ ഞാൻ ജീവിക്കുന്ന കോലത്തിന് നേരെ ചൊവ്വരും നാമജപമില്ല പൂജയില്ല ആരാധനയില്ല എന്നിട്ടും എനിക്ക് ശാപ്പാട് കിട്ടണു സന്തോഷ ഏനഗേന ചിത് ഉറക്കം സന്തോഷം എല്ലാം ഭക്തി എന്ന് വെച്ചാൽ തന്നെ സന്തോഷമാണ് അന്നം കിട്ടുമ്പോ സന്തോഷം ഉറക്കം കിട്ടുമ്പോ സന്തോഷം നല്ല മനുഷ്യരെ മനുഷ്യനെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം അത് ഭഗവാന്റെ കൃപ ഈ സന്തോഷപ്പെടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലൊരു മന്ത്രം പറഞ്ഞോളൂ ആ ഭഗവാന്റെ കൃപ ഭഗവത് കൃപ കൊണ്ട് ഇത് കിട്ടി ഭഗവത് കൃപ കൊണ്ട് ഇന്ന് ആഹാരം കിട്ടി സന്തോഷം സന്തോഷന ചിത് ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ ഭാഗവതശാസ്ത്രത്തിൽ ശ്രദ്ധ ഭാഗവതശാസ്ത്രം കേൾക്കാനും ഭാഗവതം കേൾക്കാനും അറിയാനും ഭജിക്കാനും ആരാധിക്കാനും ശ്രദ്ധ ഭഗവത്ഗീത പറയുന്നു അപ്പോ അയ്യ ഗീതയൊന്നും ശരിയല്ല നമുക്ക് ഭാഗവതം തന്നെ വേണം ഭഗവത്ഗീതയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഗീതയെ നിന്ദിക്കുകയാണെങ്കിൽ ഈ ഭാഗവത ശാസ്ത്രത്തിനോട് ചെയ്യുന്ന അപചാരമാണ് അനിന്താമന്യത്ര ചാപിഹി നിങ്ങൾക്ക് വേറെ മാർഗം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേണ്ട വിട്ടോള ബൈബിൾ ബൈബിളിലൊക്കെ എന്തുണ്ട് എനിക്ക് അറിയില്ല അറിയാത്തതിനെ എന്തിനും പറയണം അനിന്യത്രാ ശ്രദ്ധാ ഭാഗവത്തെ ശസ്ത്രേ അനിന് അന്യ മനോവാക് കണ്ട സത്യം ശമദമാവേ ശ്രവണ കീർത്തനം ധ്യാനം ഹരെ അദ്ഭുതകണ ജന്മകുണാനം ചതർ അഖിള ചേട്ടം ഇഷ്ടം ദത്തം തപ്പോ ജപ്തം വൃത്തം യച്ചാത്മനഃ പ്രിയം പ്രിയം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ യത് പരസ്മൈ നിവേദനം എന്റെ ഭാര്യ കുട്ടികൾ കുടുംബം സമ്പത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഭഗവത് പ്രസാദം പരസ്മൈനിവേദനം എന്റെ തലയിൽ ചുമടില്ല ഭഗവാൻ എങ്ങനെ വച്ചിരിക്കുന്നു അതുപോലെ ഇരിക്കട്ടെ കുടുംബം ഭഗവാന്റെ കയ്യിൽ എനിക്ക് ചുമതലയൊന്നുമില്ല ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച പരിചര്യാം ച ഉപയത് മഹത്സു നൃഷു സാധുഷ മഹാത്മാക്കൾക്ക് പരിചര്യ നമ്മളുടെ കൂടെ ചുറ്റും വസിക്കുന്ന മനുഷ്യർക്ക് നമ്മളെ കൊണ്ട് എന്തുവിധത്തിൽ ഉപകാരമുണ്ടോ അങ്ങനെ ഉപകാരം സാധുക്കളെ കാണുമ്പോ അവരോട് ഭക്തി അതുമാത്രമല്ല നമ്മളുടെ ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാരെ കാണുമ്പോ ഏവം കൃഷ്ണാത്മനാഥേഷൂ മനുഷ്യേഷൂ ച സൗഹൃദം നമ്മളൊക്കെ നമുക്കൊക്കെ ഒരേ ഭഗവാൻ പ്രിയങ്കരനായിട്ടിരിക്കും ലൗകികന്മാരുടെ ഇടപാട് വരെ നമ്മളുടെ ഇടപാട് വരെ ഒരു ഭക്തൻ പറഞ്ഞു യൂയം യൂയം വയം വയം അർത്ഥകാമപരാ യൂയം തസ്മാത് സർവേഷു കാലേഷു യൂയം യൂയം വയം വയം നിങ്ങൾക്ക് എന്ത് വേണം പണം സമ്പാദിക്കണം ലോകത്തിൽ പല സുഖസാമഗ്രികളും വേണം ഞങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ വേണം ലോകത്തിലെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളാണ് ഞങ്ങളെപ്പോഴും ഞങ്ങളാണ് ഞങ്ങളെന്താ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ ലോകത്തിനെ സംബന്ധിച്ച് ഞങ്ങളൊരു വിഡ്ഢികൾ ഭ്രാന്തന്മാര് ലോകത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത ആള് ഒരു മഹാത്മാ ഒരു സാധു അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചു ബോർഡിൽ അദ്ദേഹത്തിന്റെ ഡിഗ്രീസ് അദ്ദേഹം എഴുതി വച്ചു എന്താണെന്ന് വെച്ചാൽ യൂസ്ലെസ് വെർത്ത്ലെസ് സർപ്ലസ് ടു ദ റിക്വയർമെന്റ് യൂസ്ലെസ് ടു ദ സൊസൈറ്റി സമൂഹത്തിന് ഉപയോഗമില്ലാത്തത് പ്രയോജനമില്ലാത്തത് ലോകത്തിന്റെ ആവശ്യത്തിൽ അധികപ്പറ്റ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും ആഘോ ഭൂഭ എന്ത് ഭാഷയാണെന്ന് നമ്മൾ വിചാരിക്കും എന്താണെന്ന് വെച്ചാൽ അരിയെ കൊല്ലി ഭൂമിക്ക് ഭാരം അരി വെറുതെ കാലിയാക്കുക ഭൂമിക്ക് ഭാരം എന്നുവെച്ചാൽ ഈ ശരീരം ലോകത്തിനെ സംബന്ധിച്ച് ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ലോകത്തിന് ഒരു പ്രയോജനവുമില്ല പിന്നെ എന്താ നാരായണപരാ വയം സദാസമയം രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം ഒന്നര ലക്ഷം രാമനാമം ജപിക്കും ലോകത്തിൽ അദ്ദേഹം വ്യവഹാരത്തിന് കൊള്ളില്ല അപ്പോ എന്താ ലോകത്തിന് യൂസ്ലെസ് വെർത്ത്ലെസ് സർപ്ലസ് ടു ദ റിക്വയർമെന്റ് ഭഗവാന് പ്രയോജനമുണ്ട് ഭക്തിക്ക് പ്രയോജനമുണ്ട് അവിടെ മാത്രമേ പ്രയോജനമുള്ളൂ ഏവം കൃഷ്ണാത്മനാഥേഷൂ മനുഷ്യേഷൂച്ച് സൌഹൃദം ഭക്തന്മാരെ കണ്ടാലാഹയം വയം അവരെ കാണുമ്പോ യൂ എം യൂ എം നമ്മളെ കാണുമ്പോ വയം വയം സമാനം ഒരു ഭ്രാന്താശുപത്രിയിലെ പുറമേക്കെ ലോകത്തില് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാൾ അയാളെ എനിക്ക് പ്രതിയില്ലാതെ അവസാനം അയാളെ കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയാക്കി ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുചെന്നാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാളുടെ സഹോദരൻ ചെന്ന് നോക്കി എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു ആഹാ പരമസുഖം ആ വെളിയിലെ ആ ഭ്രാന്ത ലോകം വിട്ടപ്പോ എനിക്ക് പരമസമാധാനമായി ഇവിടെ ഒക്കെ സമാന ഭ്രാന്തുകൾ ബുദ്ധിയുള്ളവരായിട്ട് ലോകത്തിൽ സാധാരണ എന്ത് ചെയ്യണോ അതിന് വിപരീതമായിട്ട് ഇവര് ചെയ്യുമ്പോ ഇവരെ ലോകം എന്തുപറയും ഭ്രാന്ത് എന്ന് എഴുതി കൊടുക്കും അല്ലേ അപ്പോ ഭക്തന്മാരെ കാണുമ്പോ സന്തോഷം ലൗകികന്മാരെ കാണുമ്പോ അവർക്ക് പറ്റണില്ല ലോകബന്ധം അവർക്ക് സാധിക്കണില്ല ഭക്തന്മാരെ കാണുമ്പോ ഭഗവാനെ പറയാനും ബ്രഹ്മവിദ്യ ചർച്ച ചെയ്യാനും ആത്മജ്ഞാനികളുടെ സമ്പർക്കം വളരെ ഇഷ്ടമാകുന്നു അവര് ചേരുമ്പോ പരസ്പരാനുഗഥനം പാവനം ഭഗവദ്യശിഥോരതിർ മിഥോരതിർമിത പരസ്പരാനുഗഥനം പാവനം ഭഗവദ്യശ പരസ്പരം കൂടി ഭഗവാനെ കുറിച്ച് പറയുന്നു സന്തോഷിക്കുന്നു എന്തു പറയുന്നു ലോകവർത്തമാനം ഒന്നുമില്ല പാവനം ഭഗവത് ദൃശ മൂന്നാമതൊരാള് വന്നു കൂടെ ഇരുന്നാലോ ഇവരെന്താ എത്ര നേരം ഇങ്ങനെ കൃഷ്ണൻ രാമൻ ശിവൻ ബ്രഹ്മം ആത്മാ എന്ന് ബോറടിക്കും രാമകൃഷ്ണ പരമവംസർ നാടകം നടിച്ച് കാണിക്കും ചിലരെ വിളിച്ചുകൊണ്ടു വന്നാൽ ഇരിക്കാൻ പറ്റില്ലാന്ന് ഇപ്പൊ പ്രഭാഷണത്തിന് നമ്മൾ വരുന്നു രുചിയോടെ വരുന്നു ഭാഗവതം കേൾക്കാം എന്ന് പറഞ്ഞു വരുന്നു ഇതിൽ യാതൊരു രുചിയുള്ള ഒരാ രുചിയും ഇല്ലാത്ത ഒരാളെ നിർബന്ധിച്ച് നമ്മൾ വലിച്ചു കൊണ്ടുവന്നാൽ വരാനേ ഇഷ്ടമില്ല വന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും കുറച്ചുനേരം ശ്രദ്ധിച്ചു നോക്കും ഒന്നും മനസ്സിലാവണല്ലേ പിന്നെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും കേൾക്കണവരെ ഓരോരുത്തവരെയായിട്ട് നോക്കും ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കും ഏഴേ കാലായാൽ ഇങ്ങനെ ഇങ്ങനെ തോണ്ടു പോവാം ആയിട്ടില്ല എട്ടര പിന്നെയും ഇങ്ങനെ ഇരിക്കും അങ്ങോട്ടേ ഇരിക്കും ഇങ്ങോട്ട് ഇരിക്കും പുറത്തുപോയി നിന്നിട്ട് വരും അഞ്ചു മിനിറ്റ് പിന്നെയും നേട്ടം വട്ടം തിരിക്കും അവസാനം ഒരു നിവൃത്തിയില്ലായി കൂടെ എണീക്കണില്ല എന്ന് കണ്ടാൽ അപ്പോഴും ഇവിടെ ഇരിക്കാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാം എന്ന് പറയും ബസ് സ്റ്റാൻഡിൽ പോയി തെരുവിൽ പോകുന്നവരെയും വരുന്നവരെയും കാറും ബസും നോക്കിക്കൊണ്ടിരുന്നാലും വേണ്ടില്ല ഇവിടെ ഇരിക്കാൻ പറ്റില്ലാന്നാണ് എങ്ങനെ രുചിക്കില്ല വിടാനാമിവ സാധുവാർത്ഥം ഭാഗവതം പറയുന്നു പരമലൗകികന്മാര് ലോകവർത്തമാനം പറയുന്ന രസത്തോടുകൂടെ സാധുക്കൾ ഭഗവത്കഥകൾ പറയുന്നു ചിലർ ലോകവർത്തമാനം തുടങ്ങിയാൽ അതിനൊരാദിയുമില്ല അന്തവുമില്ല അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതുപോലെ മിഥോ രതി മിഥസ്തുഷ്ടി നിവൃത്തിർമിത ആത്മന സ്മരന്ത സ്മാരയന്തശ്ശ മിഥോ അഗൌഗരം ഹരിം ഭക്ത സഞ്ജാതയാ ഭക്ത ബിഭ്രതീ ഉപുളകാ തനു സ്മരന്തമാരയന്തശ്ശ അവര് സ്മരിക്കും ഭക്തന്മാരെ കാണുമ്പോ സ്മാരയന്തശ് സ്മരിപ്പിക്ക മിഥ പരസ്പരം അഗൌഗരം ഹരി മനസ്സിലുള്ള അശുദ്ധിയൊക്കെ പോകുന്നു ഭക്ത ഈ സത്സംഗമേ ഒരു ഭക്തി അതിൽ നിന്നും സഞ്ജാതയാ ഭക്യാ അനുഭൂതിയാവുന്ന ഭക്തി ഉണ്ടാവുന്നു ബിബ്രതി ഉത്പുളകാം തനു രോമാഞ്ചം ഉണ്ടാവുന്നു ഇതി ഭാഗവതാൻ ധർമാൻ ശിക്ഷൻ ഭക്തത്തയാ നാരായണ പരോമായാം അഞ്ജാത്തരതി ദുസ്തരാം ർമാൻ ഇങ്ങനെ ഭാഗവതധർമ്മങ്ങൾ പറഞ്ഞും കേട്ടും സ്മരിച്ചും ആസ്വദിച്ചും ധ്യാനിച്ചും ഭഗവാനു പൂജ ജപം ധ്യാനം സത്സംഗം തീർത്ഥക്ഷേത്ര ദർശനം ഇങ്ങനെ ചര്യകളും ധ്യാനവും സത്സംഗവുമായി ഒരു ഭക്തന്റെ മുതൽ പ്രഭാതം മുതൽ രാത്രി വരെയുള്ള സമയം പോകുന്നു ഇങ്ങനെ ജീവിതം മുഴുവൻ പോകുമ്പോൾ ഇയാൾക്ക് ശരീരപ്രജ്ഞയില്ല ലോകത്തിൽ എന്ത് നടക്കണോ എന്ന് അറിയില്ല സ മുക്തഹദൂ അവൻ മുക്തനായിട്ട് തീരുന്നു സ്വതന്ത്രനായിട്ട് തീരുന്നുണ്ട് ഈ ഭക്തിയിലെ രമിച്ചിരിക്കുമ്പോൾ മറ്റൊന്നും അറിയുന്നില്ല അയാൾ നാരായണപരൻ ആണോ ഉടനെ രാജാവ് അടുത്ത യോഗീശ്വരനെ ചെന്ന് നമസ്കരിച്ചു ഇയാൾ ടോപ്പിക് ക്ലോസ് വിപലായനൻ എന്ന് യോഗീശ്വരനെ ചെന്ന് നമസ്കരിച്ച നാരായണൻ എന്ന് ഇപ്പൊ പറഞ്ഞുവല്ലോ അതാരാണ് നാരായണാഭിധാനി ബ്രഹ്മവിത്തമാ ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്തര ബ്രഹ്മവിത്തമ സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ ബ്രഹ്മവിത് ബ്രഹ്മവിത്തരഹ ബ്രഹ്മവിത്തമാ അപ്പോ ഇവിടെ പിപ്പലായനൻ എന്ന യോഗീശ്വരനോട് രാജാവ് പറയാണ് നിങ്ങൾ യു ഹി യു ഇതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ യു എന്നുള്ള വാക്ക് വന്നത് അഹം എന്നുള്ളതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ അയാം എന്നുള്ള വാക്ക് വന്നത് വയം എന്നുള്ളതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ വി എന്നുള്ള വാക്ക് വന്നത് മാതൃ മദർ ആയി ബ്രാതൃ ബ്രദർ ആയി സ്വസ് സിസ്റ്റർ ആയി പാറ്റേണൽ പൈതൃകം പിതൃ ഫാദർ ആയി സ്വസ് ക്രിയേഷൻ ക്രിയ ആയി ആലോക്യ ആലോകീ ലുക്ക് എന്നുള്ള ധാതു ലുക്കായി ഇംഗ്ലീഷില് ടി എച്ച് ഇ വൈ ദേസ്കൃതത്തിൽ തേ അവിടെ ദേ ആയി ഈ ഭാഷകളൊക്കെ ഒരേ ഭാഷകളാണ് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല സെപ്റ്റംബർ എന്ന് വെച്ചാൽ ഏഴാമത്തെ മാസം നമ്മളുടെ കണക്കിനല്ല അവരുടെ കണക്കിന് പഴയ കണക്കിനനുസരിച്ച് സെപ്റ്റംബർ ഏഴാമത്തെ മാസമാണ് സപ്ത സെപ്റ്റംബർ ആയി ഒക്ടോബറായി ഒക്റ്റഗൺ എന്ന് വെച്ചാൽ അഷ്ടകോണം അഷ്ടകോണത്തിന് ഒക്റ്റഗൺ എന്ന് പേര് ഒക്ടോബർ അഷ്ട നവംബർ നവം ഡിസംബർ ദശം ഡെസിമൽ എല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ട ഭാഷകളാണ് ഓട്ടെ ഇപ്പൊ നമുക്കതൊന്നും വേണ്ട അപ്പോ യൂയം ഹി ബ്രഹ്മവിത്തമാ യൂയം നിങ്ങൾ ബ്രഹ്മവിത്തമാഹ ബ്രഹ്മവിത്തമന്മാരാണ് ബ്രഹ്മവിത്തുകളിൽ ശ്രേഷ്ഠന്മാരാണ് അതുകൊണ്ട് നാരായണനെ പറഞ്ഞു നാരായണൻ ആരാണ് നാരായണ അഭിധാനസ്യേ ാരായണൻ എന്ന പേരോടു കൂടിയ ബ്രഹ്മണ ബ്രഹ്മത്തിന്റെ ബ്രഹ്മത്തിന് നമ്മൾ എന്തു പേര് വേണമെങ്കിൽ വെക്കാം ബ്രഹ്മണ പരമാത്മനഹ അത് പരമാത്മാ അതിന് പേരൊന്നുമില്ല അതിന് യാതൊരു പേരുല്ല നിങ്ങൾ എന്തു പേര് പറഞ്ഞു വിളിച്ചാലും ഏ യഥാമാം പ്രപദ്യന്തേ താൻ സദൈവ ഭജാമ്യ നാരായണൻ എന്ന് വിളിച്ചോളൂ സദാശിവൻ എന്ന് വിളിച്ചോളൂ അള്ള എന്ന് വിളിച്ചോളൂ ബ്രഹ്മം എന്ന് വിളിച്ചോളൂ പരമാത്മാ എന്ന് വിളിച്ചോളൂ ഒരു സത്ത എന്ന് പറഞ്ഞു വിളിച്ചോളൂ എന്തു പേര് പറഞ്ഞു വിളിച്ചാലും ശരി അതിന്റെ സ്വരൂപം എന്താണ് നാരായണ അഭിധാന ബ്രഹ്മണ പരമാത്മനഹ ഇപ്പൊ നാരായണ അഥർവശീർഷം അതിൽ നോക്കിയാൽ ഈ നാരായണൻ തന്നെയാണ് ബ്രഹ്മാവ് നാരായണൻ തന്നെയാണ് വിഷ്ണു നാരായണൻ തന്നെയാണ് രുദ്രൻ നാരായണൻ തന്നെയാണ് സകല ദേവതകളും എന്ന് വെച്ചാൽ എന്താ ഒരേ വസ്തു അനേക ദേവതകളുടെ രൂപത്തിലും അനേക മൂർത്തികളുടെ രൂപത്തിലും അനേക ഭാവത്തിലും നിൽക്കുന്നു ഉള്ളതെന്താ നാരം അയനം യസ് നാരായണൻ എന്നുള്ള വാക്കിന് വ്യുപത്തി എന്ന് വെച്ചാൽ അന്നേ പറഞ്ഞു ജ്ഞാനം ജ്ഞാനം മാർഗമായിട്ട് ഏതൊരുത്തനെ കണ്ടെത്തണമോ അവൻ നാരായണൻ ജ്ഞാനമേ മൂർത്തി പൂണ്ട് ഏതൊരുത്തൻ നിൽക്കുന്നു അവൻ നാരായണൻ ആ നാരായണന്റെ സ്വരൂപം എന്താണ് നാരായണനെ എങ്ങനെ കണ്ടെത്തും അദ്ഭുതമായ ശ്ലോകങ്ങൾ ഈ പിപ്പളായനന്റെ നാരായണ പദത്തിന് വ്യാഖ്യാനം വാസുദേവൻ എന്ന പദത്തിന് ജഡഭരതൻ വ്യാഖ്യാനിച്ചു വാസുദേവ പദത്തിന് ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വഹിർബ്രഹ്മസത്യം പ്രത്യാന്തം ഭഗവത് ശബ്ദസജ്ജ്ഞം യത്ത് വാസുദേവം കവയോ വദന്തീ വിശുദ്ധമായ ജ്ഞാനസ്വരൂപവും പരമാർത്ഥം ഏകം ഏകവും പരമാർത്ഥവും അനന്തരം അന്തരമില്ലാത്തതും അബഹി പുറത്ത് ലഭിക്കാത്തതും ബ്രഹ്മസത്യം ബ്രഹ്മം എന്ന പേരോടുകൂടിയതും शाश्वत मिल प्रत्य प्रत्यूचल मनसुद अहंकार साक्षिमात्र आस्तुदेव कवयो वदंती कवि ऋषिकल वास इन पिपराण योगीश्वर नारायण शब्द अर्थम पर काड़ प्रपंचम नमक का भगवान वैया പ്രപഞ്ചം കാണുന്നു ഭഗവാനെ കാണാൻ വയ്യ ഭഗവാനെ കണ്ട യോഗികൾ പറയുന്നു പ്രപഞ്ചം കാണാനില്ല ഭഗവാൻ കാണുന്നു മരത്തെ മറൈത്തത് മാമതൈ ആനയും മരത്തിൽ മറയിന്തത് മാമതൈ ആന തമിഴില് ഒരു സിദ്ധൻപാടി ഒരു കുട്ടിക്ക് മരം കൊണ്ട് ആ ആനയുണ്ടാക്കി കൊടുത്തു അത്ര അച്ഛൻ നല്ല കറുത്ത വീട്ടി മരത്തിൽ ഉണ്ടാക്കി കൊടുത്ത് കണ്ട നല്ല ആന പോലെ ഉണ്ട് കുട്ടി ആനയുടെ മേലെ കറി കളിക്ക ആന ആന കുട്ടിക്ക് അത് മരം എന്നുള്ള വിചാരമേ അതിൽ ആന എന്നുള്ള ബുദ്ധി ആന രൂപം ആനയുടെ നാമം ഒരു മരക്കച്ചവടക്കാരൻ ആ വീട്ടിലേക്ക് വന്നു ആഹ നല്ല മരം ബ്ലേഡ് കൊണ്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കിയത് എന്ത് മരമാണ് അയാൾക്ക് ആന എന്നുള്ള വിചാരമേയില്ല മരം എന്ന് നോക്കിയപ്പോ ആന മറഞ്ഞുപോയി ആന എന്ന് നോക്കിയപ്പോ മരം മറഞ്ഞുപോയി മരത്തിൽ മറൈന്ദത് മാമതൈ മരത്തിൽ ആന മറഞ്ഞുപോയി ആനാന്ന് ചിന്തിച്ചപ്പോ മരം മറഞ്ഞുപോയി അതുപോലെ പരത്തൈ മറത്തത് പാർ മുതർ പഞ്ചഭൂതങ്ങൾ ഭൂമി വെള്ളം അഗ്നി വായു ആകാശം എന്ന പഞ്ചഭൂതങ്ങൾ പരത്തിനെ പരമാത്മാവിനെ ഭഗവാനെ മറച്ചു എന്നാണ് പ്രപഞ്ചമായിട്ട് അറിയണം അന്വേഷിച്ച് ആരാഞ്ഞു നോക്കുമ്പോ പരത്തിൽ മറയുന്നത് പഞ്ചഭൂതങ്ങൾ ഭഗവാനിൽ മറഞ്ഞു ഈശ്വരനിൽ പഞ്ചഭൂതങ്ങൾ മറിഞ്ഞ് ഭഗവാൻ മാത്രം പ്രകാശിക്കുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് കാണണതെന്താ ജഗത്ത് കാണൂ ലോകം കാണൂ അപ്പൊ നമ്മൾ എന്തു പറയുന്നു ലോകം എവിടെ നിന്നുഭവിച്ചുവോ ഏതൊരു സത്തയിൽ നിൽക്കുന്നുവോ ഏതൊന്നിൽ ലയിക്കുന്നു അത് ബ്രഹ്മം എതോ വ ഇമാനി ഭൂതാ നിജായ നജാതാ നിജീവന്തീ യത് പ്രയന്ത് അഭിസംബിഷ് വിജിജ്ഞാസസ്വ ഏതിൽ നിന്നും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായോ ഏതൊന്നിൽ നിൽക്കുന്നുവോ വീണ്ടും യാതൊന്നിൽ ലയിക്കുന്നുവോ അത് നാരായണൻ ആദ്യത്തെ ലക്ഷണം തടസ്സ ലക്ഷണം എന്ന് പറയും തടസ്സ ലക്ഷണം എന്നു വച്ചാൽ രാമൻകുട്ടിയുടെ വീട് ഏതാണെന്ന് ചോദിച്ചു ഒരു തെരുവിൽ പോയിട്ടു ഒരാള് നമ്മളുടെ കൂടെ നടക്കുന്ന ആള് പറഞ്ഞു അതാ ആ കാക്ക ഇരിക്കണല്ലേ അതാണ് രാമൻകുട്ടിയുടെ വീട് എന്ന് പറഞ്ഞു തിരിച്ചുപോയി വീട്ടിൽ പോയിട്ട് പറഞ്ഞു അച്ഛൻ ചോദിച്ചു രാമൻകുട്ടിയുടെ വീട് കണ്ടു പോ കണ്ടുപിടിച്ചു എന്നെ കൂട്ടിക്കൊണ്ടുപോ കൂട്ടിക്കൊണ്ടുപോയി കാക്കയെ തെരുകയാണ് കാക്ക അവിടെ ഉണ്ടാവോ തൽക്കാലത്തിനുള്ള ഒരു ലക്ഷണമാണ് തടസ്സ എന്ന് പറയുന്നത് അതേപോലെ പ്രപഞ്ചത്തിനെ വെച്ചുകൊണ്ട് ബ്രഹ്മം അറിയുക എന്നുള്ളത് തടസ്സ ലക്ഷം തത്കാലമാണ് ശാശ്വതമല്ല സ്വരൂപലക്ഷണമല്ല ജഗത്ത് ഇപ്പോ ഉണ്ടാവും മുമ്പ് ഉണ്ടായില്ല ജഗത്ത് മാറിക്കൊണ്ടേയിരിക്കും പരിണമിച്ചുകൊണ്ടേയിരിക്കും കാക്ക ഈ വീട്ടിലിരിക്കും മറ്റൊരു വീട്ടിലിരിക്കും മാറിക്കൊണ്ട് അതുപോലെ ഈ കാണുന്ന ജഗത്ത് സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതുർ അഹേതുറസ് പിപ്പലായനന്റെ ശ്ലോകം യോഗി പരെയാണ്ലയഹേതുരഹേതു സ്വപന ജാഗരസുഷുപ്തിഷൂ സത് ബശ്യേഹേന്ദ്രിസു ഹൃദയാ ചരന്ത്യ സജ്ജീവിത തദവേ പരം നരിന്ദ്ര നൈതന്മനോ വിശദിവാക് ഉദക്ഷുരാത്മാ ണേന്ദ്രി ചനല അർച്ചിഷ സ്വാഹ ശബ്ദോധക നിഷേധതയാ आत्ममूलं अर्थोक्तं आह यद्रिदेन സ്ഥിത്യുദ്ഭവ പ്രളയഹേതു ഈ ലോകത്തിന് മൂന്നവസ്ഥ സൃഷ്ടി സ്ഥിതി പ്രളയം സ്ഥിതി ഉദ്ഭവം പ്രളയം സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതുഹൂ സ്ഥിതി എന്നുള്ളതിനെ ആദ്യം പറഞ്ഞു സ്ഥിതി എപ്പോഴും ഉള്ളതും ഉണ്ട് അത് ആദ്യം പറഞ്ഞു ഉദ്ഭവ പ്രളയ ഹേതുഹൂ സൃഷ്ടി സ്ഥിതി പ്രളയം ഈ ലോകം ലോകം സൃഷ്ടിക്കപ്പെടുന്നു എന്നുവെച്ചാൽ എപ്പോ സൃഷ്ടിക്കപ്പെട്ടു രണ്ടുവിധത്തിൽ വാദമുണ്ട് ഒന്ന് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു എന്നിട്ട് നമ്മളെ സൃഷ്ടിച്ചു നമ്മൾ ലോകത്തിനെ കണ്ടു ഇതൊരു സാധാരണ വാദം മറ്റൊരു വാദം എന്താന്ന് ഞാൻ കാണുമ്പോ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു ഞാൻ കാണാത്തപ്പോ പ്രപഞ്ചം അസ്തമിച്ചു ഇതിന് സൃഷ്ടി ദൃഷ്ടിവാദം എന്ന് പറയും സൃഷ്ടിക്കുമ്പോ ദൃഷ്ടി ഉണ്ടാവുമ്പോ ദൃഷ്ടി സൃഷ്ടി ദൃഷ്ടി വരുമ്പോ സൃഷ്ടി ഉണ്ടായി ഒരു കുട്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു ചെറിയ കുട്ടി അമ്മ കണ്ണാടിയുടെ ഉള്ളിൽ ഒരു കുട്ടി അമ്മ പറഞ്ഞു കുഞ്ഞ് കണ്ണാടിയുടെ ഉള്ളിൽ കുട്ടിയൊന്നുമില്ല കുഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറിയാൽ കണ്ണാടിയിൽ കുട്ടി ഉണ്ടാവില്ല അപ്പൊ കുട്ടി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറി മാറി ഇപ്പൊ കുട്ടിക്ക് കാണാൻ വയ്യ എന്നിട്ടുണ്ടോ എന്ന് പിന്നെ എത്തി നോക്കുമ്പോ അതിലും ഒരു കുട്ടി എത്തി നോക്കണം നോക്കുമ്പുണ്ട് നോക്കുമ്പോ ഇല്ല എന്ന് പറയാൻ വയ്യ നോക്കിയുണ്ട് അതാണ് അപ്പൊ ജഗത്ത് ഇല്ല എന്ന് എങ്ങനെ പറയും കാണുന്നുണ്ടല്ലോ കണ്ടാവുണ്ടാവും ആര് കാണുന്നു ഞാൻ കാണുന്നു ഈ കാണുന്ന ഞാൻ ആരാണ് തിരിഞ്ഞു നോക്കൂ ഉള്ളിൽ ജഗത്തിന്റെ അനുഭവമില്ല സുഖമായി ഉറങ്ങുന്ന സമയത്ത് ശരീരം ഉണ്ടായിരുന്നുവോ മനസ്സുണ്ടായിരുന്നുവോ പ്രപഞ്ചം അനുഭവപ്പെട്ടുവോ യാതൊന്നും അനുഭവപ്പെട്ടില്ല ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടനെ ജഗത്ത് പൊന്തി മനസ്സ് പൊന്തിയപ്പോ ജഗത്ത് പൊന്തി മനസ്സ് ശരീരമില്ലാതെ ലോകത്തിനെ കണ്ടവരും ൂതാത്മകം അസ്തിരാം ഭുവകാസ്തി ദേഹം വിന പഞ്ചവിധം തദ്തത് പശ്യ ഭുവനം ഭണന്തു ഈ പഞ്ചഭൂതാത്മകമായി ശരീരത്തിനെ കൂടാതെ ലോകത്തിനെ കാണാം വയ്യ അപ്പൊ ഈ ജഗത്ത് സൃഷ്ടി സ്ഥിതി പ്രളയം നടക്കുന്നു എവിടെ നടക്കുന്നു അറിയാം വയ്യ നടക്കുന്നു ഞാനിപ്പോ ലോകത്തിനെ കാണുന്നു പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു പരിണമിക്കുന്നത് കാണണമെങ്കിൽ തന്നെ പരിണമിക്കാത്ത ഒരു അധിഷ്ഠാനം അതിന് പുറകിൽ ഉണ്ടാവണം സിനിമ കാണണമെങ്കിൽ ഫിലിം ഇങ്ങനെ ഓടുന്നതുകൊണ്ട് സിനിമ കാണുന്നു സ്ക്രീൻ ഓടാതെ നിന്നാലേ ഫിലിം ഓടുമ്പോ കാണുള്ളൂ സ്ക്രീനും കൂടെ ഓടാൻ തുടങ്ങിയാൽ കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിന് പുറകിൽ മാറാതെ നിൽക്കുന്ന ഒന്നുള്ളതുകൊണ്ട് ഈ മാറ്റം അറിയപ്പെടുന്നു അതേപോലെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിസ്ഥിതി പ്രളയമൊക്കെ അറിയപ്പെടണമെങ്കിൽ തന്നെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാത്ത ഒരു അധിഷ്ഠാനം ഉണ്ടാവണം ആ അധിഷ്ഠാനം എവിടെയാളുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കും എവിടെ അന്വേഷിക്കും ഒരിക്കലും മാറാത്ത ഒരു വസ്തു ഏതാ ഉള്ളത് പറയൂ നമ്മളുടെ അനുഭവത്തിൽ പ്രപഞ്ചത്തിനെ കാണുന്നു എപ്പോ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നു ജാഗ്രത് അവ ശരീരത്തിലൂടെ പ്രപഞ്ചത്തിനെ കാണുന്നു ശരീരവും പരിണമിക്കുന്നു പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കളും പരിണമിക്കും സ്വപ്നത്തിൽ അനേക വസ്തുക്കളെ കാണുന്നു സ്വപ്നവും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി നമുക്ക് മൂന്നവസ്ഥകളാണ് യത്ത് സ്വപ്ന ജാഗര സുഷുപ്തി അവത്യം ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ പ്രപഞ്ചത്തിനെ അനുഭവിക്കുന്ന ഞാനുണ്ടല്ലോ എന്നിൽ വേണം സത്യത്തിനെ അന്വേഷിക്കാൻ നാറോയിങ് ഡൌൺ ദ ടോപ്പിക് ചുരുക്കി കൊണ്ടുവന്നാൽ നമുക്ക് വസ്തു കണ്ടുപിടിക്കാൻ പറ്റും പ്രപഞ്ചത്തിന്റെ മൂലാന്വേഷണം എവിടെ അന്വേഷിക്കും പ്രപഞ്ചത്തിനെ അനുഭവിക്കുന്നവനിൽ അന്വേഷിക്കണം അല്ലെ എവിടെ അന്വേഷിക്കണം പറയൂ നമുക്ക് എവിടെ അന്വേഷിക്കും അനന്തമായി കിടക്കുന്ന വിശ്വത്തിനെ എവിടെ അന്വേഷിക്കും ഈ വിശ്വത്തിനെ അനുഭവിക്കുന്ന ഒരാളുണ്ട് അല്ലേ ആരനുഭവിക്കുന്നു ഞാൻ അനുഭവിക്കുന്നു ഈ വിശ്വത്തിനെ വിശ്വം എന്നിൽ ഏർപ്പെടുന്ന ഒരു അനുഭൂതിയാണ് വിശ്വത്തിനെ അനുഭവിക്കുന്ന ഞാൻ മൂന്ന് മണ്ഡലത്തിലാണ് അനുഭവിക്കുന്നത് ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ ജാഗ്രത അവസ്ഥയിൽ ശരീരപ്രധാനമായി ലോകത്തിനെ കാണുന്നു സ്വപ്നാവസ്ഥയിൽ എന്റേതായ മനോസൃഷ്ടി ഇപ്പൊ പ്രഭാഷണം ചെയ്യുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ തന്നെ ഞാൻ സൃഷ്ടിക്കും നീലവസ്ത്രം പച്ചവസ്ത്രം ചുവന്ന വസ്ത്രം കറുത്ത വസ്ത്രം സ്ത്രീകള് നിങ്ങളെയൊക്കെ ഞാൻ സൃഷ്ടിക്കും എന്നുവെച്ചാൽ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഈ ഹാളും സൃഷ്ടിച്ച് ഈ ഹാളിൽ നിങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെ ഇരിക്കും ചിരിക്കുന്നവർ ആസ്വദിക്കുന്നവർ ഉറങ്ങുന്നവർ എല്ലാവരും ഞാൻ തന്നെ ആയിട്ട് തീരും ഈ വശത്ത് ഞാൻ തന്നെ പ്രഭാഷണം ചെയ്യുന്ന ആളായിട്ട് ഇരിക്കും ഈ വശത്തിരുന്ന് ഞാൻ പ്രഭാഷണം ചെയ്യും എന്റെ മുമ്പിലിരിക്കുന്ന ഭാഗവത പുസ്തകമായിട്ട് ഞാൻ മാറും മൈക്കായിട്ട് ഞാൻ മാറും വാച്ചായിട്ട് ഞാൻ മാറും ഈ മാലയായിട്ട് മാറും ഈ ഹാളിലുള്ള സകല പദാർത്ഥങ്ങളായിട്ടും ഞാൻ മാറും ഒരു വശത്ത് നിങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും മറ്റൊരു വശത്ത് ഞാനായിട്ടിരുന്ന് പ്രഭാഷണം ചെയ്യും എന്നിട്ട് പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളെയും പ്രഭാഷണം ചെയ്യുന്ന എന്നെയും കണ്ടുകൊണ്ടും കിടക്കും ഇതല്ലേ സ്വപ്നം സ്വപ്നത്തിൽ ഒരു സൃഷ്ടി നടക്കണം ജാഗ്രതത്തിലും ഇതേ തന്നെയാണ് നടക്കണത് വേദാന്തികൾ പറയുന്നത് ജാഗ്രതത്തിലും ഇതിന്റെ ഒരു സ്ഥൂല രൂപമാണ് നടക്കുന്നത് കുറച്ചുകൂടെ ഫലമായിട്ട് അത് നിക്കണത് കൊണ്ട് നമുക്ക് പിടികിട്ടണേ യാത്രയേ ഉള്ളൂ എല്ലാ ഒരേ വസ്തു തന്നെ പല വേഷം ഇട്ടു നിൽക്കണം സ്വപ്നത്തിൽ ഒരേ ആള് ആയിരക്കണക്കിന് ജനങ്ങളായിട്ട് മാറിയ പോലെ ജാഗ്രതത്തിലും ഒരേ ബോധവസ്തു കോടിക്കണക്കിന് പ്രാണികളായി മാറി നിൽക്കണം ഒരേ ബീജം ഒരു വൃക്ഷമായി മാറി ആ വൃക്ഷത്തിൽ അനേക ബീജങ്ങൾ ഉണ്ടാവുന്ന അനേക ജീവരാശികളിൽ പ്രവേശിച്ചു പ്രകാശിച്ചു നിൽക്കുന്നു ജാഗ്രത്ത് സ്വപ്നം ജാഗ്രത്തിൽ ശരീരം ഉണ്ട് മനസ്സ് ഉണ്ട് ഞാൻ ഉണ്ട് അല്ലെ ഞാൻ ജീവനോട് ഉണ്ട് സ്വപ്നത്തിൽ ശരീരം ഇല്ല മനസ്സു മാത്രം പ്രവർത്തിക്കുന്നു ഞാനുണ്ട് ജീവനോട് ഉണ്ട് शरव मन स्वप्नू का देहप्रज्ञय पक्षे ईं अल या वज व्यक्तिबोधम यान ई व्यक्तिबोध आये या प्रभाषण चाड़ो स्त्रीयोरुषनो आ व्यक्तिबोधम लयचु സുഷുപ്തിയിൽ അതിനെയാണ് നമ്മൾ ഉറക്കം എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ അവിടെ സുഖസ്വരൂപമായൊരു ഞാൻ ഉണ്ടായിരുന്നു യഥാർത്ഥമായി ഞാൻ ജീവബോധം അവിടെയും ഉണ്ടായിരുന്നു അപ്പൊ സുഷുപ്തിയിലും യാതൊന്നും ഉണ്ടായിരുന്നുവോ അത് സ്വപ്നത്തിലും ഉണ്ട് ജാഗ്രത്തിലുമുണ്ട് സുഷുപ്തിയിൽ അതല്ലാത്ത വസ്തുക്കളൊക്കെ പോയത് കൊണ്ടും അത് മാത്രമായി നിൽക്കണത് കൊണ്ടും നമുക്ക് അതിന്റെ സ്വഭാവം മനസ്സിലാവണം ജാഗ്രത്തിൽ അതല്ലാത്ത വസ്തുക്കളൊക്കെ കയറി നിൽക്കണത് അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല കയറിനെ ഇരുട്ടത്ത് പാമ്പായിട്ട് കണ്ടു അപ്പൊ അതിലെന്തൊക്കെ കുഴപ്പം പറ്റി ഒന്നാമത് കയറിനെ കണ്ടില്ല രണ്ടാമത് പാമ്പിനെ കണ്ടു കയറിനെ കണ്ടിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പം വരില്ല പക്ഷെ പാമ്പിനെ കണ്ടാലോ കടിച്ചു എന്നൊക്കെ തോന്നുന്നു നമ്മളുടെ ഭാവന കളിക്കും സ്വപ്നത്തിലും ജാഗ്രത്തിലും നമ്മളുടെ യഥാർത്ഥ സ്വരൂപം നമ്മൾ അറിഞ്ഞില്ല മാത്രമല്ല ദേഹം മനസ്സ് ബുദ്ധി അഹങ്കാരം അതിൽ നിന്നും പൊന്തിയ വിശ്വത്തിനെ മുഴുവൻ നമ്മൾ കാണുന്നു സുഷുപ്തിയിലോ ദേഹം അറിയപ്പെടുന്നില്ല മനസ്സറിയപ്പെടുന്നില്ല ബുദ്ധി അറിയപ്പെടുന്നില്ല ഒന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞു പക്ഷെ സുഷുപ്തിയിലും സുഷുപ്തി അവസ്ഥയും നിത്യമല്ല കാരണം സുഷുപ്തി അവസ്ഥ സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഇല്ല ജാഗ്രത അവസ്ഥ സ്വപ്നത്തിലും സുഷുപ്തിയിലും ഇല്ല സ്വപ്നാവസ്ഥ ജാഗ്രതത്തിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ഇല്ല പക്ഷേ ഞാൻ ജാഗ്രതത്തിലുമുണ്ട് സ്വപ്നത്തിലുമുണ്ട് സുഷുപ്തിയിലുമുണ്ട് ഞാൻ ജാഗ്രത അവസ്ഥക്കും സാക്ഷിയായി നിൽക്കുന്നു സ്വപ്നാവസ്ഥയും അറിയുന്നു സുഷുപ്തി അവസ്ഥയും അറിയുന്നു ഈ അവസ്ഥാത്രയങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നുള്ള ബോധം അഹം അഹം ബോധം അതിനു പേരാണ് തുരീയം നാലാമത്തതാണ് നാലാമത്തേത് എന്ന് ഈ മൂന്നവസ്ഥകളെ സംബന്ധിച്ചു പറയുന്നു പക്ഷെ അത് മൂന്നവസ്ഥകളിലും ഉണ്ട് ജാഗ്രതത്തിലും ജാഗ്രത അവസ്ഥയ്ക്ക് പുറകിൽ അത് ഒളിഞ്ഞു നിൽക്കുന്നു സ്വപ്നത്തില് സ്വപ്നാവസ്ഥയ്ക്ക് പുറകിൽ അത് ഒളിഞ്ഞു നിൽക്കുന്നു സുഷുപ്തിയിൽ സുഷുപ്തി അവസ്ഥയ്ക്ക് പുറകിൽ അത് ഒളിഞ്ഞു നിൽക്കുന്നു മൂന്നവസ്ഥകളിലും പുറകിൽ ഈ അധിഷ്ഠാന രൂപമായി ആത്മാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ ആത്മാ തന്നെ ജാഗ്രതത്തിൽ ദേഹം ഇന്ദ്രിയം പ്രാണൻ ഇതിനെയൊക്കെ ചലിപ്പിച്ചുകൊണ്ട് ഞാൻ എന്നുള്ള ബോധരൂപമായി ഉള്ളിൽ നിൽക്കുന്നു നാരായണന്റെ ലക്ഷണം പറഞ്ഞു സ്ഥിത്യുദ്ഭവ പ്രളയ ഹേതു അഹേതുരസ്യ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ഹേതു പക്ഷേ വാസ്തവത്തിൽ ഹേതു അല്ല കാരണം എന്താ ഒന്നും ഉണ്ടാവണില്ല യപ്ന ജാഗര സുഷുപ്തിഷു സത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്നവസ്ഥകളിലും ഉള്ളത് ഹിഷ് പുറമേക്കോ ദേഹേന്ദ്രിയ പ്രാണേന്ദ്രിയാസുഹൃദയാ ചരന്തി ദേഹം ഇന്ദ്രിയങ്ങള് പ്രാണൻ ഇതൊക്കെ ചലിക്കുന്നു ഇപ്പോ അല്ലെ മരിച്ചു കഴിഞ്ഞാലോ ഈ ശരീരമൊക്കെ അതേപടി ഉണ്ടാവും എത്ര വലിയ ഭാഗവതരാണെങ്കിലും മരിച്ചു കഴിയുമ്പോ ഭാഗവതരുടെ മുമ്പിൽ പാട്ടുപാടിയാൽ ആസ്വദിക്കുവോ എത്ര വലിയ തീറ്റപ്രിയനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വായിലിത്തിരി പായസം ഒഴിച്ചാൽ രുചിക്കുവോ എത്രയധികം സൌന്ദര്യം കാണുന്നതിൽ ഇഷ്ടമുള്ള ആളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ കണ്ണിന്റെ മുമ്പിൽ പോയി എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ കാണുവോ എന്തുകൊണ്ട് കാണില്ലേ ആരയാളുടെ ഉള്ളിലിരുന്ന് കണ്ണിലൂടെ കണ്ടുവോ ആരാ ശരീരത്തിനകത്ത് ചെവിയിലൂടെ കേട്ടുവോ ആരാ ശരീരത്തിലിരുന്ന് നാവിലൂടെ രുചിച്ചുവോ ആരാ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിലൂടെ പലതും ചിന്തിച്ചുവോ അവനിപ്പോ ഇല്ല സത്ത് പോയി നമ്മള് ചത്തുപോയി ചത്തുപോയി പറയണു ശരിയല്ല സത്ത് പോയി സത്ത് പോയി ഇപ്പോ ഉള്ളത് അസത്ത് ജഡം സത്ത് പോയി ആ അവിടെ ഉള്ളപ്പോ ദേഹേന്ദ്രിയ അസുഹൃദാനി ചരന്തി ഏന ദേഹം ഇന്ദ്രിയം അസു എന്ന് വെച്ച പ്രാണൻ ഹൃദയം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സ് ഇതൊക്കെ അതുള്ളപ്പോ എ സന്നിധി മാത്രേണ് ദേഹേന്ദ്രിയ മനോദിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തേ പ്രേരിത ആ ബോധം ഉള്ളപ്പോ ചെയ്യുന്നു നടക്കുന്നു ബൾട്ടി അടിക്കുന്നു ഒളിമ്പിക്സിന് എന്തൊക്കെ കാണും ശരീരം എന്തൊക്കെ കാണിക്കും അതേ ശരീരം മരിച്ചു കഴിഞ്ഞാൽ നാലുപേര് വേണം പോക്കി കൊണ്ടുപോവാൻ തനിയൊന്നും ചെയ്യില്ല ആ ശരീരം ഇത്രയുമൊക്കെ കാണിച്ച ദേഹത്തിനെ ഉള്ളിലിരുന്ന് ആര് തുള്ളിപ്പിച്ചു ആരാണ് അതിനകത്തിരുന്ന് ചേതന കൊടുത്തത് ചൈതന്യം കൊടുത്തത് സഞ്ജീവിതൻസ് ദാറ്റ് ബോഡി ദാറ്റ് വിച്ച് ഗീവ്സ് ലൈഫ് ടു ദാറ്റ് ബോഡി ദാറ്റ് ലൈഫ് പ്രിൻസിപ്പിൾ അതിനെ ആത്മാ എന്ന് പറയുന്നു തദ് അവ പരം നരേന്ദ്ര ഹേ രാജൻ അങ്ങ് ചോദിച്ച വസ്തു അത് തന്നെ രമണ മഹർഷിയോട് ദേവരാജ മുതലയാർ എന്ന് പറയുന്ന വക്കീൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും സ്വാമി ഈ ആത്മാനുഭവം എങ്ങനെ ഉണ്ടാവും മഹർഷി പറയാ അത് എപ്പിടി ചൊല്വായി അതിനെന്തിനോടെങ്കിലും ഉപമിച്ചാലല്ലേ ഇതിങ്ങനെ അങ്ങനെ എന്ന് പറയാം എങ്ങനെ പറയും അത് ഏർപ്പെടുമ്പോ അറിയും അതിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് കിട്ടിയാൽ ആ പറയും എന്നാലും അത് ഏതുപോലെ ഉണ്ടാവും അദ്ദേഹം വക്കീലാണ് ഇങ്ങനെയൊക്കെ ചോദിക്കും അദ്ദേഹം ഒരു ദിവസം മഹർഷിയുടെ സന്നിധിയിൽ ആ ചിത് ശക്തിയുടെ പ്രവാഹം പലരും അനുഭവിച്ചിട്ടുണ്ട് മൗനത്തില് തന്നെ ഉപദേശം വാക്കുകളൊന്നും വേണ്ട പലപ്പോഴും ഒന്നും പറയുമെന്നും വേണ്ട ഒരു നോട്ടം മതി ഒരു ദൃഷ്ടി വീണാ മതി നിശ്ചലമായ സ്ഥിതിയിൽ തന്നെ പലർക്കും സമാധി അനുഭവം ഏർപ്പെടും ഒരു ദിവസം ഉച്ചയ്ക്ക് ദേഹം വലതുവശത്ത് കട്ടിൽ അടുത്തിരിക്കുന്നു വർഷ ഇങ്ങോട്ടോ നോക്കിയിരിക്കുന്നു ഒരു സമയം പെട്ടെന്ന് ദേവരാജ തനിക്ക് ദേഹമില്ലാത്ത പോലെയും പരമമായ ഒരു ശാന്തി തന്റെ ഉള്ളിൽ വന്ന് നിറയുന്നതായിട്ടും അത് സ്വയമേവ ഉള്ളിൽ കിടന്ന് തന്നെ ഇല്ലാതാക്കുന്നതായിട്ടും താനില്ലാത്ത ഒരു സ്ഥിതി അഖണ്ഡ ബോധ അനുഭവം കുറച്ചു നേരത്തേക്ക് ആ അനുഭവം ഉണ്ടായതും എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന മഹർഷി അങ്ങട് തിരിഞ്ഞ് ഇദ്ദേഹത്തിന് നോക്കി നോക്കിയതും ഇത്ര ചോദ്യം ചോദിച്ച ആള് ഭഗവാനെ ഇത് താണ അത് ചോദിച്ചെ അതിന് പേരൊന്നും പറയാവയ്യ അത് ഇത് തന്നെയാണോ ഇത് തന്നെയാണോ അത് അപ്പൊ മഹർഷി പറഞ്ഞു അത് തന്നെ ഇത് ഏതദ്വൈ തത് നീ ഏതിനെ ചോദിക്കുന്നു അത് ഇതാണ് അതിനെ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല ഇന്നത് എന്ന് പറയാൻ വയ്യ അതിന് പേരൂരൂന്നുമില്ല തത് അവ ഹി പരം നരേന്ദ്ര ദേഹം പ്രാണം ഇന്ദ്രിയങ്ങൾക്കൊക്കെ പുറകിലിരുന്നു കൊണ്ട് ഏതൊരു ബോധം ഞാൻ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്യുന്നുവോ ഏത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി മുതലായ അവസ്ഥകൾക്കൊക്കെ സാക്ഷിയോ ആ അഖണ്ഡബോധമാണ് സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്കൊക്കെ മൂലകാരണമായ ആത്മാ അത് തന്നെയാണ് ഹേ രാജാവെ അങ്ങുചോദിച്ച നാരായണൻ ആ നാരായണനെ എങ്ങനെ അറിയും നൈതൻ മനോവിശദീവാഗ് ഉദക്ഷുരാത്മാ ദേഹേന്ദ്രിയണിച്ച ിയണി ചെയ്യത അനലം അത്യുഷസ്വാഹ അത്ഭുതമായ ശ്ലോകം എക്സ്പീരിയൻഷ്യലായിട്ട് അറിയേണ്ട ശ്ലോകം എത്രകൊണ്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല നൈതൻ മനോവിശതി മനസ്സുകൊണ്ട് അതിനെ തൊടാൻ പറ്റില്ല വാഗ് വാഗ്ന്ന് വെച്ചാ ഇവിടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അതിനെ അറിയാൻ പറ്റില്ല നൈതൻ മനോവിശതി മനസ്സ് അതിലേക്ക് പ്രവേശിക്കില്ലാന്നാണ് മനസ്സ് അവിടെ പോയിട്ട് ഉറക്കം എന്താണ് എന്ന് മനസ്സിന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഉറങ്ങിപ്പോകും അല്ലേ അവിടെയും പോകാൻ പറ്റില്ല മനസ്സിന് ഉപ്പുവാ സമുദ്രത്തിന്റെ ആഴം അടക്കാൻ പോയാൽ തിരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്യുവോ സമുദ്രത്തിന് എത്ര ആഴമുണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഒരു പഞ്ഞി പറഞ്ഞു ഞാൻ അഗ്നിയെ ആലിംഗനം ചെയ്യാൻ പോകുന്നു പഞ്ഞി അഗ്നിയെ ആലിംഗനം ചെയ്താൽ അത് നിക്കുവോ ഒരു കർപ്പൂരത്തിന് ഒരു ദിവസം തോന്നി ഞാനേ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം ആ കർപ്പൂരം തിരിച്ചു വരുവോ അമ്പലത്തുനിന്ന് ബാക്കിയൊക്കെ വേണമെങ്കിൽ തിരിച്ചു വരും പക്ഷെ ഈ കർപ്പൂരം അമ്പലത്തിൽ പോകുമ്പോ അവസാനിച്ചു അത് പഞ്ഞി അഗ്നി ആലിംഗനം ചെയ്ത് സമുദ്രത്തിലേക്ക് മുങ്ങിയോ ഉപ്പ് കൊണ്ടുണ്ടാക്കിയോ പാവ തിരിച്ചു വരുവോ അതുപോലെ മനസ്സ് ബ്രഹ്മത്തിലേക്ക് പ്രവേശിച്ചാൽ അത് തിരിച്ചു വരില്ല മനസ്സിന് ബ്രഹ്മത്തിനെ ഇന്നത് എന്ന് നിർവചിക്കാൻ പറ്റില്ല രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു ലോകത്തിലെ എല്ലാ വസ്തുക്കളും എച്ചിലായി ഉച്ചിഷ്ടമായി ബ്രഹ്മം ഒഴിച്ചെന്ന് ബാക്കി എല്ലാം വായു കൊണ്ട് പറഞ്ഞുപോയി ബ്രഹ്മത്തിനെ മാത്രം ഇന്നതെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് അത് മാത്രം എച്ചിലായിട്ടില്ല ഉച്ചിഷ്ടമായിട്ടില്ല മനസ്സുകൊണ്ട് സ്പർശിക്കാൻ പറ്റാത്ത വസ്തു യഥോ വാചോ നിവർത്തന്ത അപ്രാപ്യ മനസാസഹ നൈതൻ മനോവിശതി വാഗ്ഉദു ആത്മാ ദേഹേന്ദ്രിയേഹം ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങള് ആ വാക്കാണ് വലിയൊരു അനുഗ്രഹം പ്രാണ ഇന്ദ്രിയണിച്ച് പ്രാണനോ ഇന്ദ്രിയങ്ങളോ മനസ്സോ അഹങ്കാരമോ ആത്മാവിനെ അറിയാൻ പറ്റില്ല എന്തുകൊണ്ട് അനലം അർച്ചിഷ സ്വാഹ ആ ഉദാഹരണത്തിലാണ് നമ്മൾ ശരിക്കും ധ്യാനിച്ചാൽ ആ ഉദാഹരണത്തിനെ ധ്യാനിച്ചാൽ നമുക്ക് അനുഭവം സിദ്ധിക്കും എന്തു ഉദാഹരണം പറഞ്ഞു എന്നു വെച്ചാൽ അഗ്നിയും സ്ഫുലിംഗവും അഗ്നിയും അതിന്റെ അർച്ചിസും അഗ്നിയെ അർച്ചിസിന് അറിയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അർച്ചിസ് അഗ്നിയിൽ പോയാൽ അഗ്നിയായിട്ട് തീരും അഗ്നി വേറെയല്ല അർച്ചിസ് വേറെയല്ല അഗ്നി എന്താണ് ആത്മാ അഗ്നി സ്ഫുലിംഗങ്ങളോ യഥാസുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഹ സഹസ്രശപ്രഭവന് സ്വരൂപാഹ അക്ഷരാത് സൗമ്യഭാവാ പ്രജായ തൈവാ ഉപനിഷത്ത് തന്നെ പറയുന്നു സൃഷ്ടി നടക്കുന്നത് യഥാ സുദീപ്താത് പാവകാത് നല്ലവണ്ണം ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും വിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവന് അനേകം സ്ഫുലിംഗങ്ങൾ അനേകം തീപ്പൊരികൾ പാറി വരുന്നു ആ അഗ്നി ഇത് തന്നെ വീഴും വീണ്ടും വീഴുന്ന പോലെ ആ അക്ഷരത്തിൽ നിന്നും ബോധത്തിൽ നിന്നും സൃഷ്ടി ഉദ്ഭവിക്കുന്നു അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അപ്പോ അഗ്നി ആത്മ മനസ്സ് അഹങ്കാരം ഇന്ദ്രിയങ്ങൾ ദേഹം അതിന്റെ കാരണങ്ങൾ കാര്യങ്ങളായിട്ടുള്ള പ്രപഞ്ചവസ്തുക്കളൊക്കെ തന്നെ സ്പുലിംഗങ്ങൾ സ്പുലിംഗവും അഗ്നിക്കും വല്ല വ്യത്യാസമുണ്ടോ തീ പൊരിക്കും തീക്കും എന്ത് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല തീ തന്നെ തീ പൊരി തീ പൊരി തീ തന്നെ ഇത് അറിഞ്ഞാൽ ഈ ജ്ഞാനം ഈ ഇൻസൈറ്റ് നമുക്ക് വന്നാൽ പിന്നെ എന്ത് ചെയ്യാനുണ്ട് എന്നുവെച്ചാൽ നമ്മളുടെ ഉള്ളിൽ മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും അഹങ്കാരമായിട്ടും ദേഹമായിട്ടും പ്രപഞ്ചമായിട്ടും ഒക്കെ തോന്നണത്തെ മൂലമായിട്ടുള്ള ഒരേ അഗ്നിയാണ് അഗ്നിയുടെ സ്പുലിംഗങ്ങളാണ് ഇതൊക്കെ എന്ന് വന്നാൽ അഗ്നിയും സ്പുലിംഗവും ഒന്നാണെന്ന് അറിയാൻ വിഷമമില്ല അപ്പൊ വസ്തു ഒന്നേ ഉള്ളൂ രണ്ടാമതൊരു പൊരുളില്ല എന്നറിഞ്ഞാൽ നമ്മൾ ഏകാന്തികളായിട്ട് പോകും എന്നുവെച്ചാൽ രണ്ടാമതൊക്കെ അസ്തമിച്ചു പോകും എന്നർത്ഥം ഏകമേവ അദ്വിതീയം ഇത് ഗുരുവാക്യേ ഹിസ്സുനിശ്ചിതം ഏതത് ഏകാന്തം ഇതി ഉക്തം ന വനോ ന മഠോന വനാന്തരം മഠത്തിലോ കാട്ടിലോ പോയിരുന്നാൽ ഏകാന്തമാവില്ല അത്ര രണ്ടാമതൊരു വസ്തുവില്ല ഒരേ അഗ്നിയുടെ സ്ഫുലിംഗം പോലെ പ്രപഞ്ചത്തിൽ സകല പദാർത്ഥങ്ങളും മനസഹങ്കാരാദികളടക്കം അഖണ്ഡമായ ബോധത്തിൽ നിന്നും പുറപ്പെടുന്ന നാമരൂപങ്ങളാണ് ബോധത്തിൽ നിന്ന് അന്യമായി ഇവിടെ മറ്റൊരു വസ്തുവില്ല ഒരേ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്ന ജ്ഞാനം കൊണ്ട് സൃഷ്ടി ഇവിടെ അസ്തമിച്ച് ഇഹൈവ തൈ ഹി ജിതസർഗേഷാം സാമ്യസ്ഥിതം മനഃ സർഗം അവസാനിച്ചു പോകും സൃഷ്ടി അവസാനിച്ചു പോകും ഒരേ ചൈതന്യ ലീല ജഗത്ത് തന്നെ ലീലാരാസം ആയിട്ട് തീരും രസാനുഭവമായിട്ട് തീരും മനസ്സിലുള്ള സകല ചലനങ്ങളും ഭഗവാന്റെ ലീല തന്നെ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ തന്നെ ഭഗവത് സ്വരൂപം തന്നെ അന്യമായിട്ടൊന്നുമില്ല ഒരേ അഗ്നിയുടെ സ്ഫുലിംഗം എന്ന് ഇപ്പൊ നമുക്ക് പലതും വിരോധം തോന്നി ഒരാൾ നാടകം കാണാൻ പോയി നാടകം കാണാൻ പോയി ഇപ്പോ വളരെയധികം രസമായി നാടകം കാണുന്നവൻ നാടകം കാണുന്ന ആള് വയസ്സായ രാമായണ നാടകം നാടകത്തിൽ രാവണനായിട്ട് ഒരാൾ നടിക്കുന്നു രാവണനായിട്ട് നടിക്കുന്ന ആള് ഘോരമായി പല വാക്കുകളും പറയുമ്പോ ഇയാൾക്ക് അയാള് വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യം അയാൾ പറഞ്ഞു നാടകമാണെങ്കിലും വേണ്ടില്ലേ ഞാനിപ്പോ കല്ലെടുത്ത് എറിയാൻ പോവാണ് രാവണന്റെ മേലെ അപ്പൊ പതുക്കെ അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു ഏട്ടാ നിങ്ങളുടെ മകനാണ് രാവണനായിട്ട് നടിക്കുന്നത് അയ്യോ എന്ത് ഭംഗിയായിട്ട് നടിക്കണു എന്തു ഭംഗിയായിട്ട് നടിക്കണു എന്തുപറ്റി ഒരു ക്ഷണത്തിൽ എന്തുപറ്റി വേഷം അതേ തന്നെ വാക്കുകളും അതേ തന്നെ ഭയങ്കരമായി അലർണു ഐഡന്റിഫൈ ചെയ്ത് കല്ലെടുത്തറിയാൻ പോയ ആള് അടുത്ത ക്ഷണം എന്റെ മകൻ ഉപസത് പോയി കാര്യം എന്താ എന്റെ ആയി അതായത് ഞാനായിട്ട് തീർന്നു എന്തായി ഇൻസ്റ്റെഡ് ഓഫ് ഹേറ്റിംഗ് യു അപ്രീഷിയേറ്റ് അത് കണ്ട് സന്തോഷപ്പെടുന്നു നരസിംഹാവതാരം കണ്ട് എല്ലാവരും പേടിച്ചു പ്രഹ്ലാദൻ പറഞ്ഞു ആഹാ ഭഗവാൻ എന്തു രസമായി ഘോരമായി നടിക്കണം ബാക്കിയുള്ളവരൊക്കെ ആ ഘോരൂപത്തിനെ കണ്ടപ്പോ പ്രഹ്ലാദൻ ഘോരരൂപത്തിന്റെ വേഷത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആളെ കണ്ടു വേഷം ഇട്ടിരിക്കുന്നവരെ കണ്ടാൽ വേഷത്തിനെ കണ്ടിട്ട് ഏർപ്പെടുന്ന വികാരങ്ങളൊന്നും ഉണ്ടാവില്ല വേഷത്തിനെ കണ്ടാൽ വികാരവും ഉണ്ടാവും വേഷധാരിയെ കണ്ടാൽ വികാരം ഉണ്ടാവില്ല അപ്പോ നമ്മളുടെ ഉള്ളിൽ മനസ്സായിട്ട് പൊന്തുന്നതും ബ്രഹ്മമാണെന്ന് കണ്ടാൽ മനസ്സടങ്ങിപ്പോവും അഹങ്കാരമായിട്ട് പൊന്തുന്നതും ഭഗവാനാണെന്ന് കണ്ടാൽ അഹങ്കാരമടങ്ങിപ്പോവും ഇന്ദ്രിയങ്ങളായിട്ടൊക്കെ തന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്നതൊക്കെ ആ പ്രഭു തന്നെയാണെന്ന് കണ്ടാൽ ഇന്ദ്രിയങ്ങളൊക്കെ വശപ്പെട്ടു പോവും മുമ്പിൽ കാണുന്ന ഓരോ രൂപവും ആ പ്രഭു ഓരോ രൂപം ധരിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ കാര്യമായി ഒരാളെയും വെറുക്കാനും പറ്റില്ല ദേഷ്യപ്പെടാനും പറ്റില്ല ഒന്നും പറ്റില്ല ശാന്തമായിട്ടോ അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങള് ഒന്നും ആ തത്വത്തിനെ പ്രാപിക്കില്ല പക്ഷെ ആ തത്വം തന്നെയാണ് മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും അഹങ്കാരമായിട്ടും പുറം ലോകത്തിൽ അനേക നാമരൂപങ്ങളായിട്ടും പെരുത്ത് കാണുന്നത് നൈതൻ മനോ വിശതി വാഗ് ഉതചക്ഷു ആത്മാ ിയതാ അനലം അർസ്വാഹ ശബ്ദോ നിഷേധതയാത്മൂലം അർത്ഥോത്തം ആഹ യഥൃദേന നിഷേധ സിദ്ധി അപ്പൊ എന്തിനു പറഞ്ഞു ലോകം സത്യമല്ല ദേഹം സത്യമല്ല മനസ്സ് സത്യമല്ല അഹങ്കാരം സത്യമല്ല എന്ന് എന്തിന് നിഷേധം ചെയ്തു അതാണ് വേദത്തിന്റെ സമ്പ്രദായം വേദം എന്ത് ചെയ്യുന്നു ശബ്ദോപി ോധ നിഷേധതയാ ആത്മമൂലം അർത്ഥോക്തം ആഹ ഒന്ന് നിഷേധിക്കണം എന്നിട്ട് ബോധിപ്പിക്കണം നിഷേധിച്ചിട്ട് ബോധിപ്പിച്ചാൽ മനസ്സിലാവുന്ന കോണിപ്പടി കയറി മുകളിലേക്ക് പോണം ആദ്യത്തെ പടിയാണോ അപ്സ്റ്റയസ് അല്ല രണ്ടാമത്തെ പടിയാണോ അല്ല മൂന്നാമത്തെ പടിയാണോ അല്ല നാലാമത്തെ പടിയാണോ അല്ല അഞ്ചാമത്തെ പടിയാണോ അല്ല പത്ത് പടി കയറി മുകളിലെത്തി മുകളിലെത്തിയിട്ട് നോക്കുമ്പോൾ അപ്സ്റ്റയസ് ഒക്കെ ഏത് സിമെന്റ് കൊണ്ടാണോ അതേ സിമെന്റ് കൊണ്ടാണോ പടിയൊക്കെ അതേപോലെ ശരീരമാണോ അല്ല മനസ്സാണോ അല്ല അഹങ്കാരമാണോ അല്ല ബുദ്ധിയാണോ അല്ല ഇതൊക്കെ അല്ല അല്ല അല്ല എന്ന് തള്ളി അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അക്ബർ എന്തോ നമുക്ക് അങ്ങനെ അർത്ഥം അല്ല അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ഏത് ആണ് ആണ് എന്ന് പ്രകാശിക്കണമോ ഏത് സ്വയമേവ് പ്രകാശ് ആ വസ്തുവിനെ കണ്ടിട്ട് ബോധക ആദ്യം നിഷേധതയാ പിന്നെ ബോധകതയാ ഇവിടെ തിരിച്ചിട്ടു നിഷേധം ചെയ്തിട്ട് ബോധിപ്പിക്കും ഉള്ളിൽ കണ്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ഏതൊക്കെ തള്ളിക്കളഞ്ഞുവോ അതൊക്കെ തന്നെ ഇതാണ് ഇതാണ് അന്വയ വ്യതിരേകം എന്ന് പറയുന്നത് ആത്മാനുസന്ധാനം വ്യതിരേകം ജഗത്തിനെ മുഴുവൻ ബ്രഹ്മമായി കാണുന്നത് അന്വയം ഏകനാഥ് സ്വാമി ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നു എന്നാണ് അന്വയഭക്തി വ്യതിരേഖ ഭക്തി ജഗത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണുന്നത് അന്വയഭക്തി ആത്മാവിനെ ധ്യാനം ചെയ്യുന്നത് വ്യതിരേകക്തി ആത്മാവിനെ ധ്യാനം ചെയ്ത് അവിടെ അനുഭവം കണ്ടാൽ പിന്നെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും പ്രപഞ്ചമൊക്കെ തന്നെ ഭഗവത് സ്വരൂപമാകും അതാണ് നൈതൻ മനോവിശതി വാഗ് ഉദക്ഷു ആത്മ പ്രാണേന്ദ്രിയണിച്ച് യഥാനലം അധ്യുഷ സ്വാഹ ശബ്ദോപി ബോധക നിഷേധതയാത്മ മൂലം അർത്ഥോക്തം ആഹാ മഹാവാക്യങ്ങൾ കൊണ്ട് ഏതൊന്നും പറയപ്പെടുന്നു അതിനെ വേദം പോലും ഇങ്ങനെയാണ് പറഞ്ഞത് യദൃതേന നിഷേധസിദ്ധി നിഷേധിക്കണമെങ്കിൽ പോലും അതവിടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ എങ്ങനെ നിഷേധിക്കും ഇല്ല ഇല്ല ഇല്ല ഇല്ല എന്ന് പറയണവനാര് അവനുണ്ടല്ലോ എല്ലാ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു അവസാനം ആരുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു എതൃദേ നിഷേധസിദ്ധി സത്വം രജസ്തമയിവൃദേകം ആദ സൂത്രം മഹാൻ അഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാത്ര ഫലരൂപ തയോക്തി ബ്രഹ്മഭാതി സദസച്ച തയോ പരം യത്ത് നമ്മളിൽ മൂന്ന് ഗുണങ്ങളുണ്ട് സത്വം രജിതി അഹം ഇതി പ്രവദന്തി ജീവം ഒരേ പരമാത്മാരജസ്തമങ്ങൾ കൊണ്ട് തമോ കൊണ്ട് മറയ്ക്കപ്പെട്ട വസ്തുവായി ഇപ്പൊ ജീവനായിട്ട് തോന്നുന്നു സത്വം രജ തമയിതി ത്രിവൃദ്ധി പ്രവതന്തി ജീവം സൂത്രം എന്ന് വെച്ചാൽ നൂല് ഈ മാലയിൽ സൂത്രം എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലൊക്കെ തന്നെ ഒരേ നൂല് അനേകം മുത്തുകൾ അതേപോലെ ഇതൊക്കെ മുത്തുകൾ മുമ്പിൽ ഇരിക്കുന്ന ഓരോ ശരീരവും മുത്ത് ഇതിനകത്ത് ഒരേ ഒരു നൂല് നമ്മളുടെയൊക്കെ ശരീരം വേറെ വേറെ മനസ്സ് വേറെ വേറെ ബുദ്ധി വേറെ വേറെ പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിനും ഒരേ സ്വഭാവം ആ ബോധസ്ഫൂർത്തിക്കും ഒരേ സ്വഭാവം ബാക്കിയൊക്കെ വേറെ വരെ അത് സൂത്രാത്മാ എന്ന് അതിനെ പറയും സൂത്രേ മണികണായിവ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു പക്ഷേ ആ സൂത്രം അതിനെ സത്വം രജമീതി സത്വഗുണം രജോ ഗുണം തമോ ഗുണം മനസ്സ് ഈ മൂന്ന് ഗുണങ്ങളായിട്ട് പിരിയും രാവിലെ എണീറ്റാൽ സത്വഗുണം സന്ധ്യാകാലം ജപിക്കണം ധ്യാനിക്കണം പൂജിക്കണം സത്വഗുണം വരുമ്പോ ഇതൊക്കെ വരും രജോഗുണം വരുമ്പോ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് നേരം രജോ ഗുണം ഇതിനെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല ഇപ്പോ ആയുർവേദത്തില് രോഗത്തിന് മൂന്ന് കാരണങ്ങൾ കഫം വാദം പിത്തം എന്ന് യഥാർത്ഥത്തിൽ ഈ കഫം വാദം പിത്തം രോഗമല്ല അത് ബാലൻസ് തെറ്റുന്നതാണ് രോഗം എല്ലാവർക്കും കഫമുണ്ട് എല്ലാവർക്കും വാദമുണ്ട് എല്ലാവർക്കും പിത്തമുണ്ട് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല നമ്മളുടെ ശരീരത്തിലെ അംഗങ്ങളെയൊക്കെ ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് കഫമാണ് വാദം നമുക്ക് കാറ്റ് നമ്മളുടെ ഉള്ളിലുണ്ട് ആ എല്ലാവർക്കും പിത്തവും ഉണ്ട് ഇത് മൂന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ അത് തന്നെ ബാലൻസ് തെറ്റുമ്പോഴാണ് രോഗമായിട്ട് മാറുന്നത് അതേപോലെ സത്വം രജസ് തമോ ഗുണങ്ങൾ മൂന്നും നമുക്ക് വേണം രജോഗുണമില്ലെങ്കിൽ കാര്യം നടക്കുക അപ്പൊ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൈ അനക്കുന്നതും ശബ്ദം ഉണ്ടാക്കുന്നതും ഒക്കെ എന്താണ് നടന്നു വരുന്നു രജോ രജസ്സാണ് പക്ഷെ ബാലൻസിലുള്ള രജസ് ബാലൻസിലുള്ള രജസ് രജോഗുണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല വെറും ശുദ്ധസത്വമാണെങ്കിൽ രജോ ഗുണമില്ലെങ്കിൽ പ്രവൃത്തി കർമ്മമേ നടക്കില്ല തമോ ഗുണമോ തമോ ഗുണവും വേണം കുറച്ച് തമോ ഗുണമില്ലെങ്കിൽ ഇരിക്കാനേ പറ്റില്ല പറന്ന് പറഞ്ഞു പോകും തമസാണോ കുറച്ച് വെയിട്ട് കൊടുക്കണത് തമോ നമ്മളെ ഭൂമിയോട് ചേർത്തി നിർത്തുന്നു തമസില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല രാത്രി ഒക്കെ രജോ ഗുണം എനിക്ക് തമോ ഗുണം എന്ന് ഭഗവാന്റെ അടുത്ത് വരം വാങ്ങിച്ചാൽ രാത്രി മുഴുവൻ കട്ടിലിന് ചുറ്റും ഓടി നടക്കേണ്ടി രജോ ഗുണമാണ് ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല രാത്രി കട്ടിലിന് ചുറ്റും ഓടോട് ഓട് ഓടുന്നു എന്താ രജോ ഗുണം വരം വാങ്ങിച്ചു ഉറങ്ങാൻ പറ്റില്ല തമോ ഗുണമേ വരം വാങ്ങിച്ചാലോ കുംഭകർണ സേവാ പിന്നെ ഉറങ്ങം ഉറക്കം ഉറക്കം ചിലരെയൊക്കെ കണ്ട അങ്ങനെയാണോ തോന്നിപ്പോകും എപ്പോഴും തമോ വയ്യ ഉറങ്ങി എണീറ്റാൽ ഇത്ര ഉറങ്ങി ക്ഷീണം തീർക്കാൻ വേണ്ടി പിന്നെയും ഉറങ്ങും തമോ ഗുണം രജോ ഗുണം ബാലൻസ്ഡ് ആയിട്ട് വേണം അല്ലെ ഉറക്കം വരേണ്ട സമയത്ത് ഉറക്കം വരണം നമുക്ക് അല്ലെങ്കിലും അത് വിഷമാവുമല്ലോ നിന്ദിക്കാൻ പാടില്ലേ അപ്പം തമോ ഗുണം വേണം രജോ ഗുണം വേണം സത്വഗുണം വേണം മൂന്ന് ഭാവങ്ങളും നമുക്ക് വേണം ഭക്തി സാധനയിൽ പോലും ഈ മൂന്ന് ഭാവങ്ങളും വേണം താമസി ഭക്തി ദേവിക്ക് താമസീഭാവമുണ്ട് രാജസീഭാവമുണ്ട് സാത്വികീ ഭാവമുണ്ട് ഉറക്കം വരണില്ലെങ്കിൽ താമസീഭാവത്തിൽ ഭഗവാനെ തന്നെ വിളിക്കണമെന്ന് യാവി സർവഭൂതേഷു നിദ്രാറൂപേണ സംസ്ഥിത നമസ്തീ നമസ്തീ നമസ്തീ നമോ നമ വരു ദേവി ഒന്നു ഉറക്കം തരാ ഗുളിക രൂപത്തിൽ വിളിക്കാൻ പാടില്ല പിന്നെ അത് പ്രാക്ടീസായി പോകും ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ചിലർക്ക് അങ്ങനെയാണ് പിന്നെ കുറെ കഴിയുമ്പോൾ ഗുളിക കഴിച്ചാലും ഉറക്കം വരില്ല എന്നാവും നിദ്രാരൂപത്തിൽ തമോഗുണം നമുക്ക് വേണം പ്രകാശം പ്രവൃത്തി മോഹം എന്ന് ഈ മൂന്നിനെയും ഗീതയിൽ മറ്റൊരു വാക്കിൽ പറയണം സത്വഗുണം ഉണ്ടാകുമ്പോൾ ധ്യാനം ജപം ശാന്തി അതൊക്കെ ഉണ്ടാവും പ്രിയം സുഖം പഠിക്കാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഇതൊക്കെ സത്വഗുണത്തിലുണ്ടാവും രജോഗുണത്തിൽ പ്രവൃത്തി കർമ്മം ഇതൊക്കെ രജോഗുണം തമോ ഗുണത്തിൽ നിദ്ര ആലസ്യം ഇതൊക്കെ തമോ ഗുണം ഇതൊക്കെ ബാലൻസിലിരിക്കുകയാണ് പക്ഷെ ഈ മൂന്ന് ഗുണങ്ങളും നമ്മളുടെ സ്വരൂപത്തിനെ മറയ്ക്കും ന ശുക്ലം നൃഷ്ണം ന രക്തം നീതം ന കുബ്ജം തഥാതിരാത് തോവശിഷ്ട ശിവ കേഹം ന ശുക്ലം നൃഷ്ണം ന രക്തം നീതം ശുക്ലം കൃഷ്ണം രക്തം ശുക്ലം സത്വഗുണം കൃഷ്ണം തമോ ഗുണം രക്തം രജോ ഗുണം ഈ മൂന്നും നമ്മളുടെ സ്വരൂപത്തിനെ മറച്ചു കളയുന്നു സത്വരജസ്തമോ ഗുണം ഗുണാതീതൻ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു സത്വഗുണത്തിൽ മാത്രമായിട്ടും രജോ ഗുണത്തിൽ മാത്രമായിട്ടും തമോ ഗുണത്തിൽ മാത്രമായിട്ടും നമുക്കിരിക്കാൻ പറ്റില്ല ഈ മൂന്ന് ഗുണങ്ങളും ചേർന്നതാണ് നമ്മളുടെ മനസ് മനസ്സിന് ലയം വിക്ഷേപം കഷായം നിരോധം എന്ന് നാല് സ്ഥിതികളുണ്ട് ലയം എന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങിയ സ്ഥിതി ക്ഷേപം എന്ന് വെച്ചാൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്ന സ്ഥിതി കഷായം എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ കഷായവും ഉണ്ടല്ലോ അതാണോ ഓർമ്മ വരിക നമ്മൾ അതുപോലെ ഒരു സ്ഥിതി മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു സ്ഥിതി ആകെപ്പാട ഒരു സുഖ ഒരു ശൂന്യം ബോറടിച്ചുകൊണ്ടിരിക്കും കഷായ സ്ഥിതി ഈ മൂന്നും കഷായസ്ഥിതി തമോ ഗുണത്തിൽ നിന്നും വരുന്നു വിക്ഷേപസ്ഥിതി രജോഗുണത്തിൽ നിന്നും വരുന്നു അതേപോലെ തമോ ഗുണത്തിൽ നിന്ന് തന്നെ ലയവും വരുന്നു രജോഗുണവും തമോ ഗുണവും കലരുമ്പോ കഷായസ്ഥിതി തമോ ഗുണം ലയം രജോ ഗുണം മാത്രമായിരിക്കുമ്പോ വിക്ഷേപം സത്വഗുണത്തിലിരിക്കുമ്പോ നിരോധം മനസ്സ് അടങ്ങി നിൽക്കും ശാന്തമായിട്ട് നിൽക്കും പക്ഷെ ഈ മൂന്ന് ഗുണങ്ങളെയും കടന്ന സ്ഥിതിയിൽ ഈ മൂന്ന് ഗുണങ്ങളും വരുകയും പോവുകയും ചെയ്യുന്നു സത്വഗുണവും നമ്മളെ സാക്ഷാത്കാരത്തിൽ നിൽക്കില്ല രാമകൃഷ്ണപരമംസർ ഒരു കഥ പറയും മൂന്ന് കള്ളവന്മാർ ഒരു വലിയ പണക്കാരൻ പണവും കൊണ്ട് കാട്ടിലൂടെ പോകുമ്പോ മൂന്ന് കള്ളന്മാര് പിടിച്ച് കെട്ടിയിട്ടു ഒരാൾ പറഞ്ഞു അവൻ അടിക്കടാ എന്ന് പറഞ്ഞു നിങ്ങൾ എനിക്കിത്ര വലിയ ഉപകാരം ചെയ്തുവല്ലോ എന്റെ ഞാനും കള്ളനാണ് വരാൻ പറ്റില്ല ഇതിൽ അടിച്ചവൻ തമോ കെട്ടിയിട്ടവൻ രജോ ഗുണം വഴികാണിച്ചു കൊടുത്തവൻ സത്വഗുണം പക്ഷെ സത്വഗുണവും സത്യ അനുഭവ ദശയിലേക്ക് പ്രവേശിക്കില്ല എന്താ അതും ഗുണം ആണ് അതും മണ്ഡലത്തിലാണ് സത്വം രജീതി ത്രിവൃദേഗം ആദൌ സൂത്രം മഹാൻ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതായി ജീവൻ അതിനെ ജീവൻ എന്ന് പറയുന്നു സൂത്രം മഹാൻ ആത്മാ എന്ന് പറയുന്നു സൂത്രം മഹാൻ അഹം ഇതി പ്രവദന്തി ജീവം സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ബോധം ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ അതിനെ ജീവൻ എന്ന് പറയുന്നു ആ ഞാൻ എന്നുള്ള അനുഭവത്തിൽ നിന്നും സത്വരജസ്തമോ ഗുണങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തന്നെ നാരായണ സ്വരൂപമായി പ്രകാശിക്കും എന്ന് കുഴക്കട്ടയുടെ ഉദാഹരണം പറഞ്ഞുവല്ലോ മാവോടുകൂടെ ചേരുമ്പോ കുഴക്കട്ട മാവ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണം മാവ് ഉണ്ടോ കുഴക്കട്ട ഉപ്പ് രസം സത്വരജസ്തമോ ഗുണങ്ങൾ മാവ് പോ എന്തൊക്കെയുണ്ട് അതിൽ എണ്ണയുണ്ട് അരിയുണ്ട് ഉപ്പുണ്ട് ഒന്നും കൂടെ അരച്ചിട്ട് പൂർണ്ണത്തിനെ മറക്കുകയാണ് സത്വം രജസ്തമിധി ആ മാവ് മാറ്റിയാൽ ഉള്ളിലുള്ളത് പൂർണ്ണം ആ പൂർണ്ണം മാവിലൂടെ കാണപ്പെടുന്ന പോലെ സത്വരജസ്തമോ ഗുണങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ബോധം അനുഭവപ്പെടുമ്പോ അതിനെ ജീവൻ എന്ന് പറയുന്നു ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയാരുശക്തി ബ്രഹ്മീ ബ്രഹ്മം തന്നെ ക്രിയാ ജ്ഞാനം ക്രിയ അർത്ഥ ഉരുതയാരുപത അനേക രൂപങ്ങളോടുകൂടെ അറിവിന്റെ രൂപത്തിലും കർമ്മത്തിന്റെ രൂപത്തിലും ചൈതന്യം നമ്മളിൽ അനുഭവപ്പെടുന്നു ആർക്കെങ്കിലും മനസ്സിലാവണെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല ജ്ഞാനക്രിയാർത്ഥലൂപതയോരുശക്തി ബ്രഹ്മൈവതി സദസച് തയോയത് ഇതിനൊക്കെ അപ്പുറം പരമാത്മവസ്തു പൂർണ്ണമായി പ്രകാശിക്കുന്നു ആ പൂർണ്ണമായി പ്രകാശിക്കുന്ന പരമാത്മവസ്തു നാരായണൻ നാത്മാജാന നരിഷ്യതി നസൗ ീയത്തെ സവനവിചാരിണി ശനപാി ഉപലബ്ധിമാത്രം യഥേന്ദ്രിയത്വത് അനപായ ഉപലബ്ധിമാത്രം പ്രാണോ യഥേന്ദ്രിബല വികൽപ്പതം സത് ഉള്ളവസ്തു ഉപലബിമാത്രം ഉപലബ്ധി എന്ന് വെച്ചാൽ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നത് ഉപലബ്ധി ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എനിക്കുണ്ട് നിങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറയാൻ പാടുമോ ഇപ്പൊ അറിയാം നിങ്ങളൊക്കെ ഉണ്ട് എന്ന് കണ്ണു തുറന്നിരിക്കുമ്പോൾ അറിയാം ഇപ്പൊ പ്രഭാഷണത്തിന് നടുവിൽ ഞാൻ പറഞ്ഞു നമ്മൾക്കിപ്പോ കുറച്ചു നേരം പത്ത് മിനിറ്റ് ധ്യാനിക്കാം എന്ന് പറഞ്ഞ് കണ്ണടച്ചു കണ്ണടച്ച് നിങ്ങളുടെ അടുത്തും അടയ്ക്കാൻ പറഞ്ഞു അപ്പൊ ചിലർ വിചാരിച്ചു ഓ ഈ സമയത്തിന് വേണ്ടി എത്ര നേരമായി കാത്തിരിക്കുക സ്ഥലം ഇട്ടാൽ അറിയയില്ല കണ്ണടച്ചപ്പോ രക്ഷപ്പെട്ടു അപ്പോ ഉപലബ്ധി നിങ്ങളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല നിങ്ങൾ പക്ഷെ ഒരേ ഒരു കാര്യം എനിക്ക് നല്ലവണ്ണം അറിയാം എന്താ ഞാനുണ്ട് എന്നറിയാം അല്ലെ അതിൽ സംശയം വരുമോ കണ്ണടച്ചപ്പോഴേ ഒന്നും അറിയില്ല ഞാനുണ്ടോ ഇല്ലയോ എന്ന് സംശയം വരുവോ കണ്ണടച്ചത് നിങ്ങളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല പക്ഷെ ഞാനുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാത്തൊരു സ്ഥിതിയെ ഇല്ല അത് ഉപലബ്ധി മാത്രം എപ്പോഴും ലഭിച്ചിട്ടുള്ളതാണ് എപ്പോഴും അനുഭവത്തിലുള്ളതാണ് ആ ഉപലബ്ധി മാത്രമായിട്ടുള്ള ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ആത്മാനുഭവമാണ് പക്ഷെ ആത്മാനുഭവമായിട്ട് എന്തുകൊണ്ട് അറിയപ്പെടുന്നില്ല യഥാ ഇന്ദ്രിയ ബലേനെ വികൽപ്പിതം ഇന്ദ്രിയങ്ങൾ കൊണ്ടും പ്രാണൻ കൊണ്ടും മകനെ രാവണവേഷം ഘട്ടിച്ച പോലെ ഈ ആത്മാവിനെ പല വേഷം ഘട്ടിച്ചിട്ട് വികൽപ്പിച്ചിരിക്കണമെന്ന് വെച്ചാൽ കണ്ടാൽ മനസ്സിലാവണില്ല ആളതാണെന്ന് മനസ്സിലാവണില്ല വസ്തു കിട്ടിയിട്ടും മനസ്സിലാവണില്ല വികൽപ്പിതം സത് സത്തുണ്ട് പക്ഷെ സത്ത് ഇതാണ് അത് അതാണ് ഇതെന്ന് മനസ്സിലാവണില്ല ഏതൊരു വസ്തുവിനെ നമ്മൾ അന്വേഷിക്കണമോ അത് ഇപ്പത്തന്നെ നമുക്ക് കിട്ടിയിരിക്കണോ എന്ന് പറയുമ്പോ അതെങ്ങനെയാണ് അത് നമുക്ക് അനുഭവത്തിലില്ലല്ലോ ഉള്ളത് അതാണ് പക്ഷെ അതിന്റെ മേലെ പ്രാണൻ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ഞാനീകൾ ജഗത്തിനെ മുഴുവൻ ബ്രഹ്മമയമായിട്ട് കാണും എന്ന് പറയണു അങ് എന്താണ് കാണണത് എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് കാണുന്നുവോ അത് ഞാനും കാണുന്നത് പക്ഷെ ഞാൻ കാണുന്നതിൽ കൂടുതൽ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കാണും നിങ്ങളും ഞാൻ കാണുന്ന വസ്തുവിനെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണു അതിന്റെ മേലെ മനസ്സ് അതിന്റെ മേലെ അഹങ്കാരം അതിന്റെ മേലെ ഇന്ദ്രിയങ്ങൾ അതിന്റെ മേലെ ശരീരം അതിന്റെ ഡ്രസ്സ് അതിന്റെ ബ്രാഹ്മണൻ അതിന്റെ മേലെ ഗുജറാത്തി തമിഴ് മലയാളം എന്തൊക്കെ കയറ്റി വെച്ചിട്ടാണ് കാണുന്നത് അല്ലെ അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ഒരേ സത്തിനെ മാത്രം കാണാതെ അസത്തിനെ അതിന്റെ മേലെ വന്നു വെച്ച് കാണും കാക്കയെ ഇരിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ വീടിനെ നോക്കണം കാക്കയെ നോക്കിക്കൊണ്ടിരുന്നാലോ കാക്ക വരും പോകും ചോപ്പ് വസ്ത്രം ധരിച്ച ആള് പറഞ്ഞാൽ ആളെ നോക്കണം വസ്ത്രത്തിനെ നോക്കിയാൽ വസ്ത്രം നാള് മാറും നീലവസ്ത്രമാവും പച്ചവസ്ത്രമാവും കറുപ്പ് വസ്ത്രമാവും അപ്പൊ വസ്ത്രത്തിനെ നോക്കാൻ പാടില്ല വസ്തുവിനെ നോക്കണം എന്നാണ് അപ്പൊ വസ്തു മാറാതെ നിൽക്കുന്നു നാ ന ആത്മാജാന ജനിച്ചില്ല മരിക്കില്ല ശാശ്വതമായി എപ്പോഴും സർവത്ര ശശ്വത് അനപായി നിങ്ങൾ പ്രയോജനം ഉണ്ടോ അല്ലെ എനിക്കറിയണ്ട മാറ ബാക്കിയൊക്കെ വരികയും പോവുകയും ചെയ്യുമ്പോ വരവും അനുഭവത്തിൽ ആഗമാന ഭഗവാൻ പറഞ്ഞു അർജുനനോട് തണുപ്പ ചൂടൊക്കെ വരുകയും പോവുകയും ചെയ്യും സുഖവും ദുഃഖവും വരവും പോവുകയും ചെയ്യും പക്ഷെ അതിന് പുറകിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബോധം അനപായി സർവത്ര അനപായി ശശ്വത് ശശ്വത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് എവറി മൊമെന്റ് യു കൻ ബി വിത്തൗട്ട് ദാറ്റ് ശശ്വത് അനപായി ഉപലബ്ധി മാത്രം അതിന്റെ സ്വഭാവം എന്താ എന്നുള്ള അനുഭവം മാത്രമാണ് അതിന്റെ സ്വഭാവം എന്നാണ് സത്താ മാത്ര ശരീരം എന്ന് പറഞ്ഞു ഉപലബ്ധി മാത്രം ഇന്നും മനസ്സിലാവണില്ല ഒരച്ച് തീപ്പെട്ടി ചിലപ്പോ ഈറനായാൽ ഒരച്ച് ഉരച്ച് ഉരച്ചുകൊണ്ട് പിടിക്കുകയില്ല കുറേ തീപ്പെട്ടി കൊളുത്തി കൊളുത്തി കൊളുത്തിയിടും പിടിക്കില്ല അവസാനം എന്ത് ചെയ്യും തീപ്പെട്ടിയെ വെയിലത്ത് വെക്കും തീപ്പെട്ടി കോലും വെയിലത്ത് വെക്കും എല്ലാം ചൂടാക്കി ഉണക്കി ഉണക്കി പിടിച്ച് പ്രിപ്പയർ ചെയ്ത ശേഷം ഒരു ഒരു ഒരശലൊരശുമ്പോ അതുപോലെ ഒന്നിൽ ഇത് തീപ്പെട്ടി അല്ലെങ്കിൽ അത് തീപ്പെട്ടി ഏതോ ഒന്ന് കോല് ഒന്ന് തീപ്പെട്ടി രണ്ടും കൂടെ ഒരശലാണ് ഈ സത്സംഗം ഏതെങ്കിലും ഒന്ന് ഈറൻ പിടിക്കുകയല്ല അതിങ്ങനെ ഏതെങ്കിലും ചിലപ്പോ ഒന്ന് പറയും തലവേദനിക്കണം തീപട്ടിയിൽ ഒരുപാട് ഉരച്ചാല് ചിലപ്പോ ആ തോലൊക്കെ പൊളിഞ്ഞു വരുന്നു അതാണ് അപ്പോ ഉണങ്ങിയാലോ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രിക്ഷൻ രണ്ടും കൂടെ ചേരുമ്പോ അസമിത്യഥ അഗ്നി എന്നാണ് ആ അഗ്നി ഉജ്ജ്വലിക്കും അവിടെ രണ്ടും കൂടെ പോവും ആ അനുഭവം ഏർപ്പെടണമെങ്കിൽ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം എല്ലാം അടങ്ങുമ്പോ ആത്മാനുഭവം ഉണ്ടാവും എന്ന് നമ്മളിപ്പോ പറഞ്ഞുവല്ലോ മഹർഷി പറഞ്ഞതിനെ നമ്മളൊരു പാട്ടിലൂടെ പറഞ്ഞു അത് അതേ വാക്കുതായിയുടെ ഭാഗവതകാരൻ പറയുന്നു അണ്ടേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു പ്രാണോഹി ജീവം ഉപധാപതി തണ്ടത്തിൽ നിന്നുണ്ടാവുന്നത് അണ്ടജം പക്ഷികൾ പാമ്പ് ഇതൊക്കെ മുട്ടയിൽ നിന്നുണ്ടാവും ചിലതൊക്കെ പേശിയിൽ നിന്നുണ്ടാവുന്ന ജീവികൾ ചിലത് മരം വിത്തിൽ നിന്നുണ്ടാവുന്നത് ചിലതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു പറയാൻ പറ്റാതെ ഉണ്ടാവുന്നത് അവിനിശ്ചിതേഷു ഇതിലൊക്കെ പ്രാണോഹി ജീവം ഉപദാവതി തത്ര തത്രേ എന്ന് വെച്ചാൽ വാസനാമയമായ മനസ്സ് പ്രാണവായുവോടുകൂടെ ഈ അഹങ്കാരത്തിനെ ആവരണം ചെയ്ത് ഓരോ ശരീരത്തിൽ കൊണ്ടു ചെന്ന് ഇരുത്തുന്നു സന്നേയതി അഹമിജ പ്രസുപ്തേ ഇന്ദ്രിയഗണങ്ങളും മനസ്സും എല്ലാം പ്രസുപ്തേ എല്ലാം ചെന്ന് ലയിക്കുമ്പോ നമ്മുടെ ആശയം ചിത്തവും അടങ്ങുമ്പോ ഏതൊന്നിനെ നമ്മൾ പരമാത്മാ എന്ന് പറയുന്നു നാരായണൻ എന്ന് പറയുന്നു ആ നാരായണന്റെ അനുസ്മൃതിഹീനഹാം അവന്റെ അനുസ്മൃതി ഉണ്ടാവും എന്നാണ് നാരായണനെ എങ്ങനെ സാക്ഷാത്കാരം ചെയ്യാൻ പറ്റും ഏകാന്ത സുഖമാസ്യത ഏകാന്തത്തിൽ ഇരിക്കൂ ചിത്തത്തിനെ ഭഗവാന്റെ ദിവ്യരൂപത്തിൽ വയ്ക്കുക ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മനസ്സ് അന്തർമുഖമാകട്ടെ ഭഗവാന്റെ ദിവ്യൂപത്തിന് ഇടപെടാതെ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് നെയ്യൊഴിക്കണ പോലെ ആജ്യധാര പോലെ ധ്യാനിക്കുന്നു ധ്യാനം ബലപ്പെട്ട് ബലപ്പെട്ട് ബലപ്പെട്ട് വരുമ്പോൾ ശരീരപ്രജ്ഞയോ ലോകപ്രജ്ഞയോ അഹങ്കാരപ്രജ്ഞയോ ഇല്ലാതായി ആ ദിവ്യരൂപം പ്രകാശമാത്രമായി സ്വരൂപത്തിൽ ലയിക്കും മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃചതി മനഹാ മനസ് കൊളുത്തിയ വിളക്ക് കെട്ടുപോകുന്ന പോലെ അടങ്ങിപ്പോകും നിർവാണമൃച്ചതി മനഹാസഹസായഥ അർച്ചി ആത്മാനം അത്ര പുരുഷോ അവ്യവധാനമേകമന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ എണ്ണ വറ്റിപ്പോകുമ്പോ തിരി തീപ്പെട്ട് കരിഞ്ഞു പോകുമ്പോ വിളക്ക് കെട്ടുപോകുന്ന പോലെ ഉള്ളിലുള്ള അഹങ്കാരമാവുന്ന തിരി കത്തിയെരിഞ്ഞ് വാസനയാവുന്ന എണ്ണ വറ്റിപ്പോകുമ്പോ ജീവൻ നിർവാപിത്തൻ ആയിട്ട് അഖണ്ഡബോധസ്വരൂപമായി അവശേഷിക്കും തത് അനുസ്മൃതി അപ്പൊ നാരായണനെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തും മൂക്കാസ്വാദനവത്ത് പറയാൻ വയ്യെങ്കിലും അനുഭവിക്കാൻ പറ്റും അതെങ്ങനെ ഇതൊക്കെ അടങ്ങുമ്പോൾ അതിന്റെ അനുഭവം വരും അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഞങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാം ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ തീപ്പെട്ടിയും കൊള്ളിയും ചൂടാക്കണം വെയിലത്ത് വെക്കണം അത് ശുദ്ധം ചേതെടുക്കണം എങ്ങനെ ശുദ്ധം ചേതെടുക്കും യർ അബ്ജന ചരണേശണയോക് ചേമലി വിധമേത് ഗുണകർമ്മജി തസ്ൻ വിശുദ്ധ ഉപലഭ്യത ആത്മ താത്യ അമല ദൃശോ സവിതൃ പ്രകാശർ അബ്ജന ശണയോഭക് ചേമി വിധമേത് ഗുണകർമ്മജി തൻവിശുദ്ധ ഉപലഭ്യത ആത്മതം സാക്ഷാ യഥ അമലദൃശ്രകളിയോരാഴ്ക് സൂര്യനെ കാണിച്ചു കൊടുത്താലും അയാൾ കാണുവോ സൂര്യൻ എത്ര ഉജ്വലമായിട്ട് പ്രകാശിക്കട്ടെ അന്ധന് അതുകൊണ്ട് എന്ത് പ്രയോജനം സൂര്യനെ കാണണമെങ്കിൽ എന്ത് വേണം സൂര്യന്റെ വോൾട്ടേജ് കൂട്ടിയത് കൊണ്ട് സൂര്യനെ ഇയാൾക്ക് കാണാൻ പറ്റുമോ സൂര്യന്റെ അടുത്ത് തന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ ഭസ്മമായി പോയാലും ഇയാൾക്ക് സൂര്യനെ കാണാൻ പറ്റില്ല കണ്ണില്ല അപ്പൊ സൂര്യനെ കാണണമെങ്കിൽ എന്ത് വേണം അയാളുടെ കണ്ണ് തുറക്കണം കണ്ണുണ്ടാവണം എന്നാലേ കാണാൻ പറ്റുള്ളൂ സത്യം എപ്പോഴും പ്രകാശിക്കുന്നുണ്ട് ശിവാനന്ദ ലഹരിയിലെ ആചാര്യസ്വാമി പറഞ്ഞു ഒരേ ഒരു സൂര്യൻ രാത്രി മുഴുവനുള്ള ഇരുട്ടിനെ നീക്കിക്കൊണ്ട് രാവിലെ പ്രകാശിക്കുന്നു അമ്മാവാസ ദിവസമുള്ള ഇരുട്ടാണെങ്കിലും നേരം വിളിച്ചാകുമ്പോ എവിടെ പോയി എന്ന് അറിഞ്ഞില്ല സൂര്യൻ വന്നപ്പോ എവിടെ പോയി എന്ന് അറിഞ്ഞില്ല ഏകോ വാരിജ ബന്ധവ ശിതി നോ വ്യാപ്തം തമോ മണ്ഡലം ഭിത്വാ ലോചന ഗോചരോ പിം കോട്ടി സൂര്യപ്രഭ ഒരേ ഒരു സൂര്യൻ ഒരേ സൂര്യൻ രാത്രിയുള്ള ഇരുട്ടിനെ മുഴുവൻ നീക്കണു പക്ഷെ ഭഗവാനോ കോട്ടിസൂര്യപ്രഭൻ കോട്ടിസൂര്യപ്രഭൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം സ്വതന്ത്രമായി പ്രകാശിക്കുന്ന വസ്തു അതാണോ കോട്ടിസൂര്യപ്രഭൻ എന്ന് പറഞ്ഞാൽ അതിനെ അറിയാൻ മറ്റൊന്നും വേണ്ട അത് സദാ പ്രകാശിച്ചുകൊണ്ടിരുന്നിട്ടും കാണാൻ വയ്യ കാരണം എന്താ എന്റെ കണ്ണു പൊട്ട അതിനാരോ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ അന്ധൻ എന്റെ മുമ്പിൽ കണ്ണാടി കാണിച്ചിട്ട് എന്ത് കാര്യം അന്ധന് കാട്ടിയ കണ്ണാടി പോലെ സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരൂതിക്കും ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണക്കും കരിഷ്യതീണ്ട് ആർക്ക് സ്വയമേവ ഈ പ്രജ്ഞ ഉണർന്നിട്ടില്ലയോ അവന് ശാസ്ത്രം കൊണ്ട് കൊടുത്തിട്ട് എന്ത് കാര്യം കണ്ണേയില്ലാത്ത ആള് അയാൾക്ക് കണ്ണാടി കാണിച്ചോളൂ നോക്കൂ നോക്കൂ നോക്കൂ എന്ത് കാണും അപ്പൊ കണ്ണു തുറക്കണം കണ്ണുണ്ടായാലേ കാണുവാൻ പറ്റുള്ളൂ അപ്പൊ കണ്ണിനെ കണ്ണില്ലെന്ന് വെച്ചാൽ കണ്ണില്ലാത്ത ആൾക്ക് പുതിയ കണ്ണു വെച്ചു കൊടുക്കണം കണ്ണിൽ ഒരു തിമിരം ബാധിച്ചിരിക്കണം അന്തരായ തിമിരോപശാന്തയെ അന്തരായ തിമിരൂപശാന്തയെ ഒരു ശ്ലോകമാണ് നമ്മൾക്കും ഭഗവാനും നടുവിലെ ഒരു തിമിരം കാറ്ററാക്ട് ആ കാടാക്ട് നീങ്ങിക്കിട്ടണമെന്നാണ് അന്തരായ തിമിരോപശാന്തയെ ശാന്തപാവനമചിന്യവൈഭവം തം നരം വപുഷി കുഞ്ചറം മുഖേ മന്മഹേ കിമപി തുന്തിലം മഹാം ഭഗവാനും എനിക്കും നടുവിൽ ഒരു ഇരുട്ട് കാറ്ററാക്ട് ആ കാട്രാക്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കണം ആ കാട്രാക്ട് എങ്ങനെ ഓപ്പറേഷൻ ചെയ്തെടുക്കും യർഹി അബ്ജനാഭചരണേഷണയോരുഭക്ത ഭഗവാൻ താമരക്കണ്ണനായിട്ടുള്ള അബ്ജനാഭൻ പത്മനാഭനായിട്ടുള്ള ഭഗവാനെ ചരണേഷണയോരുഭക്താം ആ ചരണത്തിൽ ഭഗവത് ശരണത്തിൽ ഭക്തി ഉണ്ടാവുന്നു അങ്ങനെ ഭക്തി ഉണ്ടാകുമ്പോ ചേത്തോ മലാനി വിധമേത്ത് ചിത്തത്തിലുള്ള മലം ചടി സത്വം രജസ്തമസ് ലോകവാസന ദേഹവാസന ശാസ്ത്രവാസന വിത്തേഷണ പുത്രേഷണ ധാരേഷണ എല്ലാ കളങ്കങ്ങളും വിധമേത്ത് തുടച്ചു നീക്കപ്പെടുന്നു അതെങ്ങനെയാ മലം ഉണ്ടായത് ഗുണകർമ്മജാനി ഫലേച്ചയോടുകൂടെ കർമ്മം ചെയ്തതുകൊണ്ടും വിഷയങ്ങളിൽ മനസ്സിനെ പറഞ്ഞത് കൊണ്ടും ഉണ്ടായിട്ടുള്ള ചളിയാണ് ഗുണകർമ്മി അതൊക്കെ ശുദ്ധമാവുമ്പോ അപ്പൊ എന്താവുന്നു ഉപലഭ്യത ആത്മതത്വം ആത്മതത്വം എവിടുന്നു പുതിയതായിട്ട് കിട്ടിയ പോലെ തോന്നി ഒന്നും പുതിയതല്ല ഇറ്റ് ഈസ്വർ എക്സ്പീരിയൻസ് നവർ ലാസ്റ്റ് പക്ഷെ ഇപ്പോ പുതിയതായിട്ട് കിട്ടിയ പോലെ ഉപലഭ്യത ആത്മതത്വം തനിക്ക് ശുദ്ധി ഉണ്ടായപ്പോ താൻ ആത്മാവിനെ കണ്ടു ചിത്തത്തിന് ശുദ്ധി ഉണ്ടായപ്പോ ചിത്തശുദ്ധി ഉണ്ടായപ്പോ തന്നിൽ ആത്മാവിനെ കണ്ടു എങ്ങനെ സാക്ഷാതയഥാ അമല ദൃശ അമലക് എന്ന് തെളിഞ്ഞ കണ്ണുള്ളവൻ സവിതൃപ്രകാശ സൂര്യന്റെ വെളിച്ചത്തിനെ കാണുന്ന പോലെ തന്റെ ഉള്ളിലുള്ള ശ്രദ്ധയാകുന്ന ചക്ഷുസ് ശുദ്ധമായി ഒഴുകാൻ തുടങ്ങിയപ്പോ തന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ബോധത്തിനെ താൻ കണ്ടു ബോധചക്ഷുസ്സുകൊണ്ട് ബോധത്തിനെ കണ്ടു തന്നെ തന്റെ കണ്ണുകൊണ്ട് കണ്ടു കണ്ടപ്പോ സ്വതന്ത്രനായി തിരുങ്ങും അപ്പോ ഭക്തി ചിത്തശുദ്ധി ഉണ്ടായി ത്മദർശനം ഉണ്ടാവുന്നു ആത്മദർശനമുണ്ടായി ആത്മാവിൽ രമിക്കാൻ തുടങ്ങുമ്പോ പരാഭക്തി ഉണ്ടാകുന്നു സാധനാഭക്തി ആത്മസാക്ഷാത്കാരം പരാഭക്തി സാധനാഭക്തി എന്താണ് ചിത്തശുദ്ധിക്ക് ഉള്ള ആരംഭഭക്തി അമ്പലത്തിൽ പോകുന്നു പ്രദക്ഷിണൽ വെക്കുന്നു പലതും ചെയ്യുന്നു അപ്പൊക്കെ പല ചെയ്യും ഉണ്ടാവും എങ്ങനെയോ ഭക്തി ചെയ്തു ഭഗവാനോട് ബന്ധപ്പെട്ടു ആത്മദർശനമുണ്ടായി ആത്മദർശനം ഉണ്ടായപ്പോൾ ഈശ്വരനുമായ അഭേദ ബന്ധം പരാഭക്തി ഭഗവാനെ വിട്ട് ഇനി പിരിയാനേ സാധ്യമല്ല നിത്യനിരന്തരാനുഭവം അപ്പൊ ആ പരാനുരക്തി ഹി ഈശ്വരേ ആ പരാനുരക്തിയാണ് ഇവിടെ സവിതൃപ്രകാശ എന്ന് പറഞ്ഞു മറയാത്ത സൂര്യദർശനം മറയാത്ത സൂര്യപ്രകാശം അത്തരത്തിലുള്ള ഉത്തമഭക്തിയെ പറഞ്ഞു ഇനി അടുത്തത് ആവിർഹോത്രൻ ത്രിമിളൻ ചമസൻ കരഭാദനൻ എന്ന നാല് യോഗീശ്വരന്മാരുടെ ഉപദേശം ഇത്രയും കാര്യമായിട്ടുള്ള ഉപദേശം ഇനി മറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട് അത് നമുക്ക് വളരെ ചുരുക്കി നാളെ നമുക്ക് കാണാം നാളെത്തോടുകൂടെ നവയോഗി ഉപാഖ്യാനം കഴിയും നാളെ വൈകുന്നേരത്തോടുകൂടെ വൈകുന്നേരത്തെ പ്രഭാഷണം നവയോഗി ഉപാഖ്യാനത്തോടുകൂടെ നമ്മൾ നാളെ പൂർത്തി നാളെ രാവിലെയും മറ്റന്നാള് രാവിലെയും പ്രഭാഷണമുണ്ട് മറ്റന്നാള് രാവിലെ ഇവിടെ ഈ ഹാള് വേറെ എന്തോ കാര്യത്തിനും ബുക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഗോപാലകൃഷ്ണ അവരുടെ വീട്ടില് വെച്ച് വീട്ടില് ധാരാളം സ്ഥലവും ഉണ്ട് വലിയ ഹാള് അവിടെ വെച്ച് രാവിലത്തെ പ്രഭാഷണം നടക്കും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം